സംഭാഷ്യ ഗുരുണി സ്വരോണിഗ്രഹേ ദക്ഷിണ ഓരക്ഷരം ഭൂതം ഭവിഷ്യത്തിവ ജാഗരിതസ്ഥാനോഹിപ്രജ്ഞസോനവിശതിമുഖ സ്ഥൂലുഗൈശ്വാനര പ്രഥമ പദ സ്വപ്നസ്ഥാനോ അന്ത സപ്തോന വിംശലിമുഖ പ്രവിക്തൈജസോ യുപ്തോ നമം കാമയത്തെ നപനം പശ്യതി തസ്വ്തം സുശുക്തസ്ഥാനീഭൂത പ്രാനഘനൈവാനന്ദമയൂഹ്യാനന്ദഭേദോമുഖപ്രജ്ഞസ്തൃതീയ പദേശ്വരേശ്ഞേ അന്തരീക്ഷമിയേഷ യുവനി ൂഹി ഭൂ നന്ദം നോ ഭേദപ്രജ്ഞം ന പ്രം നദൃശ്യവഹാര്യമ്രാഹ്യമലക്ഷണമചിന്യപത്തെശ്യം ഏകാത്മ പ്രത്യസാരം പ്രപഞ്ചോപം ശിവേതം ചതുർത്ഥം മന്യന് സത്മാേയ ജാഗീരിദസ്ൈശ്വാനാഥമ മാത്ര ആദ്യമോലിഹോ വൈ സർവാൻ കാതിശോതി േദ സ്വപ്നസ്ഥാന സുക്കാരോ ദ്ധീയാ മാത്ര ഉത്കർഷാഭേവാൻ വത്കർഷരിഹ വൈജ്ഞാനസന്ധതി സമാനസ്വതി നമവി സനപ്രജോമൃതീയാ മാത്രമേപീർ വിനോദിഹവാ ഇതം അപീതിഷവതിയം വേദ മാത്രോ വ്യവഹാര പ്രപഞ്ചോ ശ്രമസോ അദ്വൈതോ ആത്മൈവ സംവിശതി ആത്മന ആത്മാനം എം വേദ സംശയ രജ്ജുരുപേണ സർപ്പ പരമാർത ആത്മരുപേണ അദ്വയം സദ്വയാസം മനഃ സ്വപന സംസേത നപ്ന ഹസ്തഗ്രാഹ്യം തദ്ഹകം വക്ഷുരാതിവയം വിജ്ഞാനം വ്യതിരേഖ അവസ്ഥയിൽ ജാഗ്രത പരമാർത്ഥ സത് വിജ്ഞാനം മാത്ര കഴിഞ്ഞ കരിയലും പറഞ്ഞു ഒരേ ഒരു വസ്തു തന്നെ ഗ്രാഹകരൂപത്തിനും ഗ്രാഹ്യരൂപത്തിനും നിൽക്കുന്നു ഒന്ന് തന്നെ അറിയുന്നവനായും അറിയപ്പെടുന്നതായും നിൽക്കുന്നു അത് മനസ്സിലാക്കുന്നതിന് അദ്വൈതത്തെ മനസ്സിലാക്കുന്നതിന് ഏറ്റവും എളുപ്പമായ വഴിയായിട്ടാണ് ഇവിടെ സ്വപ്നത്തെ കാണിക്കുന്നത് അപ്പൊ അദ്വൈതമെന്ന് പറയുമ്പോ പലതരത്തിലുള്ള അദ്വൈതത്തെ നിർവചിക്കും പണ്ഡിതന്മാർ ഓരോ നിർവചനത്തിനും ദോഷങ്ങളും പറയും ഒന്ന് പറയുന്നത് ദ്വൈതം എവിടെയാണോ ഇല്ലാത്തത് അത് അദ്വൈതം അങ്ങനെ വെക്കാൻ ഭാഷയുടെ നിയമങ്ങളൊക്കെ അനുസരിച്ച് വ്യാഖ്യാനിക്കുന്നതാണ് ദ്വൈതം എവിടെയാണോ ഇല്ലാത്തത് അത് അദ്വൈതം അങ്ങനെ പറയും മറ്റു തരത്തിൽ പറയും ദുരിതം ഏതൊന്നിലാണോ നിലനിൽക്കുന്നത് അദ്വൈതം അങ്ങനെയും പറയും ദ്വൈതത്തിന്റെ അഭാവം അത് അദ്വൈതം അങ്ങനെ ചിലർ വ്യാഖ്യാനിക്കും ഈ ഓരോ വ്യാഖ്യാനങ്ങളിലും ദോഷങ്ങളും പറയാം എന്തുകൊണ്ടാണ് അദ്വൈതം പരമാർത്ഥത്തെ നിർവചിക്കാൻ കഴിയത്തില്ല അത് അനുവചനീയമാണ് കാരണം അദ്വൈതത്തെ എങ്കിലൊരു നിർവചനത്തിലൂടെ വെളിപ്പെടുത്താൻ ശ്രമിച്ചാൽ അവിടെ ദ്വൈതം വരും അതാക്കും ഒഴിവാക്കിയ പിന്നെ നിർവചനമില്ല നിർവചനങ്ങളിലൂടെ അതിനെ ബോധ്യപ്പെടുത്താൻ പ്രയാസമാണ് അതുപോലെ തന്നെ ദൃഷ്ടാന്തം ദൃഷ്ടാന്തത്തിലൂടെ അദ്വൈതം മനസ്സിലാക്കുന്ന വലിയ പ്രയാസമാണ് കാരണം ദൃഷ്ടാന്തത്തിൽ നിന്ന് ഇവിടെ മനസ്സിലാക്കുമ്പോൾ എന്താ വരുന്നത് ആ ദൃഷ്ടാന്തത്തിൽ എന്താണോ സാമ്യതയുള്ളത് അതിനു മാത്രമേ ബോധിപ്പിക്കാൻ പറ്റൂ ഒരു നിഷ്ടാന്തത്തിനും പൂർണമായി അത്വൈത ഉൾക്കൊള്ളാൻ പറ്റത്തില്ല അതിനുവേണ്ടി പ്രസിദ്ധമായ ഒരു ഉദാഹരണമാണ് ഇവിടെ പറഞ്ഞത് രജ്ജുരൂപേണ സർപ്പയവ രജ്ജു സർപ്പന്യായം നമുക്ക് വളരെ അറിയാമെന്നുള്ള വളരെ പ്രസിദ്ധമായ ഒരു കാര്യമാണ് പക്ഷെ അതിനുകൊണ്ട് പോരായ രജ്ജുവിന്റെ സർപ്പം പോലെ പ്രപഞ്ചത്തെ മനസിലാക്കിക്കഴിഞ്ഞാൽ പിന്നെ മറ്റൊന്നുമില്ല അദ്വൈതമായി രജ്ജു രജ്ജു സത്യമാണോ ദൃഷ്ടാന്തത്തിലൂടെയും പൂർണ്ണമായും ഇതിനെ വെളിപ്പെടുത്താൻ നോക്കത്തില്ല എന്താ ബ്രഹ്മത്തിന് സമൂഹമാണോ രജ്ജു രജ്ജുവിന് സമൂഹമാണോ ബ്രഹ്മം ആ ദിഷ്ടാന്തത്തിൽ ഒരുപാട് പോരായ്മകളുണ്ട് അതിന് വരുന്ന പ്രധാനമായ പോരായ്മ എന്താണോ അവിടെ ദ്രഷ്ടാവ് അന്യമായിരിക്കും ദൃഷ്ടാന്തങ്ങൾ വരുന്ന പോരായ്മ കാണുന്നവൻ പേര് അവന്റെ കാഴ്ചയിലാണ് രജുവും സർപ്പവും അതൊരു പോരായ്മ തന്നെയാണ് അവിടെ മൂന്ന് പേരുള്ളന്ന് രജ്ജു മറ്റൊന്ന് സർപ്പം മറ്റൊന്ന് കാണുന്നവൻ ഇപ്പൊ കാണുന്നവനൽ നിന്ന് അന്യമായിരിക്കുന്ന രണ്ട് വസ്തുക്കളിലെയാണ് അവിടെ ദൃഷ്ടാന്തം മാറ്റെടുക്കുന്നത് ഒന്ന് സത്യം മറ്റത് അസത്യം എന്ന് പറയും അതുകൊണ്ട് അതും പൂർണമായൊരു ദൃഷ്ടാന്തമല്ല വളരെ പോരായ്മുള്ള ഒരു ദൃഷ്ടാന്തമാണ് അതുകൊണ്ട് അത്യന്തി അദ്വൈതത്തെ വെളിപ്പെടുത്തുന്നതിനുള്ള പരമാവധി പറയാവെന്നുള്ള ദൃഷ്ടാന്തം സ്വപ്ന എന്തുകൊണ്ട് ആ ദിഷ്ടാന്തം മാത്രമാണ് ആത്മനിഷ്ഠമായിരിക്കുന്നത് അവിടെ മൂന്നില്ല കാണുന്നവൻ കാണുന്ന ഭ്രമവിഷയമായ വസ്തു അതിനധിഷ്ഠാന്താനം അങ്ങനെ മൂന്നില്ല അവിടെ ഗ്രാഹ്യം ഗ്രാഹകം ഈ രണ്ടെ കാണുന്നവനും അവന്റെ കാഴ്ചയും അത് രണ്ടേ ഉള്ളു അതുകൊണ്ടത് കുറച്ചുകൂടി എളുപ്പമാണ് പക്ഷെ അതിനൊരു പോരായ്മയുണ്ട് ഇപ്പോൾ കാനൽ ജനം പോലെയുള്ള ദൃഷ്ടാന്തങ്ങൾ ഏതവസ്ഥയിലാണോ നമുക്ക് ഭ്രമമുണ്ടാകുന്നത് ആ അവസ്ഥയിൽ തന്നെ അത് നിരൂപണത്തിന് വിഷയമാണ് ഒരു ആകാശ നീതിമ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾക്കതിനെ കണ്ടുകൊണ്ടേ ചിന്തിക്കും എന്നുവെച്ചാൽ ജാഗ്രത അവസ്ഥയിൽ തന്നെ ഉണ്ടാവുന്ന ഇതല്ല നമ്മുടെ കാഴ്ചയെ നമുക്ക് വിശകലനം ചെയ്യാം സ്വപ്നത്തെ സംബന്ധിച്ച് അങ്ങനെ അതാണ് അതിന്റെ പോരായ്മ ആ കാഴ്ചയിൽ നിന്നും മാറി നിന്നേ അതിന് വിശകലനം ചെയ്യാൻ പറ്റും ജാഗ്രതത്തിലേക്ക് വന്നേ പറ്റും ആ അവസ്ഥയെ പാടെ ത്യജിച്ചിട്ടേ പറ്റു പക്ഷെ അവിടെ ഒരു പ്രയോജനം എന്താണോ അതിന്റെ സ്മൃതി നഷ്ടപ്പെടാതെ ജാഗ്രതത്തിലേക്ക് വരുമ്പോൾ സ്വപ്നത്തിന്റെ സ്മൃതി നഷ്ടപ്പെടുന്നുണ്ട് ആ സ്മൃതിയെ അനുസന്ധാനം ചെയ്തുകൊണ്ടാണ് സ്വപ്നത്തിന് വിശകലനം ചെയ്യുന്നത് ജാഗ്രത സ്വപ്ന സ്മൃതിയും സ്വപ്ന അവസ്ഥ പൂർണമായും നഷ്ടപ്പെട്ടു ആ സ്മൃതിയെ പരിശോധിക്കുമ്പോൾ എന്താണോ അവിടെ അനുഭവം ും ഗ്രാഹ്യവും മാത്രം കാണുന്നവനും കാഴ്ചയും മാത്രം അത് പരമാർത്ഥമല്ല അവിടെ ബോധ്യപ്പെട്ടില്ലെങ്കിലും ഇവിടെ ബോധ്യപ്പെടുന്നു ജാഗ്രത അദ്വൈതത്തിന്റെ ഒരു ശരിയായൊരു കാഴ്ചപ്പാട് അവരിൽ നിന്ന് കിട്ടും അവിടെ ജാഗ്രത നമ്മൾ മിഥിയെന്ന് പറയുമ്പോൾ നിഷേധിക്കും ജീവ സർപ്പത്തിൽ നിഷേധിക്കുന്നു ആകാശനിമയാനങ്ങൾ കാരണം ജലത്തേക്ക് നിഷേധിക്കുന്നു ജാഗ്രതയുടെ ദൃഷ്ടാന്തങ്ങൾ സ്വപ്നത്തെ നോക്കുന്നത് നിഷേധിക്കാൻ പറ്റത്തില്ല പൂർണ്ണമായും ജാഗ്രതയുടെ ദൃഷ്ടാന്തങ്ങളെല്ലാം കാണുന്നവരിൽ നിന്ന് അന്യമാണ് ഉള്ളതിനേക്ക് നോക്കുന്ന നിഷേധിക്കാം സർപ്പം വേറെയാണ് ജനം വേറെയാണോ സ്വപ്നം എങ്ങനെയല്ല അവിടെ കാണുന്നവൻ തന്നെയാണ് കാഴ്ചയായിരിക്കുന്നു അവൻ തന്നെ അതിലൊന്നും അന്യമായി വേറൊന്നുമില്ല അതെങ്ങനെ മനസ്സിലാകുന്നു ഉണരുമ്പോ ഉണർന്നപ്പോ ബോധ്യമായി അവിടെ കണ്ടുകൊണ്ടിരുന്ന ഞാൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ രണ്ടാമതൊന്നും ഉണ്ടായിരുന്നില്ല ജാഗ്രതയിലങ്ങനല്ല എനിക്ക് പറയാം ഞാനവിടെ ഉണ്ടായിരുന്നു അവിടെ ഒരു രജുണ്ടായിരുന്നു രജ്ജുവിൽ സർപ്പത്തെ കണ്ടു ഇതെല്ലാം പറയാം സ്വപ്നത്തെ സംബന്ധിച്ച് അന്തർബഹി എന്നുള്ള ഭേദമില്ല ഉണരുമ്പ നമുക്ക് വ്യക്തമായി മനസ്സിലാകുന്നു അവിടെ കാഴ്ചക്കാരൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ഇപ്പൊ കാഴ്ചയോ തീർച്ചയായും ആ കാണുന്നവൻ തന്നെയായിരുന്നു അവിടുത്തെ കാഴ്ച ഇക്കാര്യം ബോധ്യം വരുന്നു അദ്വൈതത്തെ ശരിക്കും ബോധ്യമാകുന്ന സ്വപ്നത്തിലാണ് സ്വപ്നം നമ്മളെ സംബന്ധിച്ചിടത്തോളം അത് ക്ഷണികമാണ് അസത്യമാണ് അത് വിചാരാർഹമേ അല്ല പക്ഷെ അദ്വൈതത്തെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും നല്ല ദൃഷ്ടാന്ത സ്വപ്നമാണ് കാരണം ഈ ദ്വൈത പ്രതീതിയിലും അദ്വൈതം തന്നെ അതാണ് സ്വപ്നത്തിലൂടെ സമർത്ഥിക്കുന്നത് നാനാത്വം പ്രതീതമാകുമ്പോഴും വാസ്തവത്തിലവിടെ അദ്വയം മാത്രമായിരുന്നതാണ് ഇവിടെ പറയുന്നത് അദ്വയം ദ്വയാഭാസം ഈ ദ്വയാഭാസം എന്ന് പറയുന്നത് എന്താണ് കാണുന്നവനായും കാഴ്ചയായും ഇരിക്കുന്നത് അത് തന്നെയാണ് അദ്വയം അതിൽ നിന്ന് ഒന്നിനെ നമ്മൾ മാറ്റിക്കഴിഞ്ഞാൽ പിന്നെ അവിടെ സ്വപ്നമില്ല നമുക്ക് ചിന്തിക്കാനില്ല സ്വപ്നത്തിലെ കാഴ്ചയെ നമ്മൾ നിഷേധിച്ചു കഴിഞ്ഞാൽ സ്വപ്ന ഇപ്പൊ കാണുന്നവനും കാഴ്ചയും രണ്ടും കൂടെ ചേരുന്നതാണ് സ്വപ്നം ആ രണ്ടും കൂടെ ചേരുന്ന തന്നെയാണ് എന്ത് അദ്വയം അത് തന്നെയാണ് ദ്വയാഭാസം അദ്വയത്തെ തന്നെ ദ്വയാഭാസം എന്ന് പറയുന്നു ഇപ്പൊ പരസ്പര വിരുദ്ധമായിരിക്കുന്നത് എങ്ങനെ ഒന്നാകും ദ്വയം എന്ന് പറയുമ്പോൾ രണ്ട് അതാസത്യമാണ് തള്ളിക്കളയേണ്ടതാണ് അദ്വയം പരമാർത്ഥമാണെന്നാണ് നമ്മൾ പഠിക്കുന്നത് പക്ഷെ സ്വപ്നത്തിൽ അദ്വയം മാത്രമാണെന്നാണ് പറയുന്നത് കാണുന്നവനും കാഴ്ചയും പരമാർത്ഥത്തിൽ ഒന്ന് എങ്ങനെ ആത്മരൂപത്തിൽ കാണുന്നവന്റെ രൂപത്തിൽ ചിന്തിച്ചാൽ അവിടെ ഒന്നേ ഒന്ന് പറഞ്ഞാൽ ഒന്ന് തന്നെ രണ്ടായി നിൽക്കുന്നു തന്നിൽ നിന്ന് അന്യമായി ഇവിടെ മറ്റൊന്നും ഉണ്ടായിരുന്നില്ല ഉണർന്നു കഴിഞ്ഞാൽ ആർക്കും പറയാൻ കഴിയത്തില്ല എന്താണ് എന്നിൽ നിന്ന് അന്യമായി മറ്റൊന്നും ഉണ്ടായിരുന്നു ഇവിടെ വിവാദം ഉണ്ട് ഇവിടെ പറയുന്നു ഞാൻ വേറെ നീ വേറെ ഞാൻ കാഴ്ചക്കാരനായിരിക്കുന്നു എനിക്ക് പല കാഴ്ചകളുണ്ട് അതല്ല എന്നിൽ നിന്ന് വേറെയാണ് അതിനെ കൂടാതെ ഞാൻ നിലനിൽക്കുന്നു അതൊന്നും എന്നെ ആശ്രയിച്ചല്ല നിലനിൽക്കുന്നത് ഇതൊക്കെയാണ് ജാഗ്രതത്തിലാണ് പക്ഷെ സ്വപ്നത്തെക്കുറിച്ച് ജാഗ്രത ചിന്തിക്കുമ്പോഴോ അവിടെ ഞാൻ മാത്രം എന്നെ ആശ്രയിച്ചാണ് സർവവും നിലനിന്നിരുന്നത് പരമാർത്ഥമായി എന്നെ ആശ്രയിച്ച് പരമാർത്ഥത ആത്മരൂപേണ അദ്വയം സദ്വയാസം പരമാർത്ഥത്തിൽ സ്വസ്വരൂപത്തിൽ ഞാനായിരുന്നു കൊണ്ട് തന്നെ ഏകനായിരുന്നു കൊണ്ട് തന്നെ ഞാൻ പലതായി അവിടെ ആർക്കും വിവാദമുണ്ടാകുന്നു അദ്വയം സദ്വയാഭാസം ആകുന്നു അദ്വൈനായിരിക്കുന്ന നിർവികാരനായിരിക്കുന്ന ആത്മാവ് അതിനാണ് അദ്വൈതമെന്ന് പറയുന്നത് അത് വികാരഹിതമാണ് അതിൽ യാതൊരു വികാരങ്ങളുമില്ല അത് മാത്രമാണ് അവിടെ ഉണ്ടായിരുന്നത് അത് തന്നെ പലതായി സ്വപ്നത്തിന് നിർവികാരനായിരിക്കുന്ന ആത്മാവിനെങ്ങനെ പലതാകും അതിലും വൈരുദ്ധ്യമുണ്ട് അതെങ്ങനെ സംഭവിക്കും സ്വപ്നത്തിനോ എവിടെ ആയിക്കൊള്ളട്ടെ ഒരു വസ്തുവിനെ നമ്മൾ നിർവികാരമെന്ന അംഗീകരിക്കുകയും അത് പലതായി തീരുകയും അതെങ്ങനെ സംഭവിക്കും അതുകൊണ്ട് പറയുന്നത് ഒന്ന് തന്നെയാണ് എന്താണ് മനഹ പറയുന്നു സ്വപ്ന മനഹ സ്വപ്നെ സംശയ ഓർപ്പിച്ചു പറയുകയാണ് അദ്വൈവമായിരിക്കുന്ന ആ പരമാർത്ഥ വസ്തു തന്നെ താൻ തന്നെ മനോരൂപത്തിൽ പലതായി ആത്മരൂപത്തിൽ ഏകവുമായി ഇത് സ്വപ്നത്തിൽ നിന്ന് മനസ്സിലാക്കിയാൽ ജാഗ്രതത്തിൽ ഒരാൾക്ക് അദ്വൈത ബോധം ദൃഢമാകും അപ്പൊ നിർവികാരനായിരിക്കുന്ന താൻ തന്നെ മനോരൂപത്തിൽ സ്വപ്നത്തിൽ പരതായിത്തന്നു നിർവികാരൂപത്തിലല്ല അപ്പൊ മനസ്സെന്ന് പറയുന്നത് എന്താണ് ഈ അദ്വൈതമായ വസ്തു തന്നെയാണ് മനസ്സ് അദ്വൈതമായിരിക്കുന്ന മനസ്സ് ആത്മവസ്തു മനസ്സായി നിർവികാരനായിരിക്കുന്ന ആത്മവസ്തു മനസ്സായി പലതാകുന്നു എന്നാ പറയുന്നത് അവിടെയും വൈദ്യോ നിർവികാരമായിരിക്കുന്നു എന്ന് മനോരൂപത്തിലായി പലതാകണമെങ്കിൽ വികാരം സംഭവിക്കണമല്ലോ പറയുന്നു വികാരം സംഭവിക്കണ്ടായില്ല പാല് തൈരായി അവിടെ വികാരം സംഭവിക്കുന്നു എന്തുകൊണ്ട് രണ്ടിന്റെയും സത്വം ഒന്നാണ് പാലെങ്ങനെയാണോ വാസ്തവമായിരിക്കുന്ന അതുപോലെ തന്നെ തൈരും വാസ്തവമായിരിക്കുന്നു സത്യമായിരിക്കുന്ന നിർവികാരമായിരിക്കുന്ന താൻ തന്നെ അതാണ് ആത്മാവെന്ന് പറയുന്നു വികാരിയായ മനസ്സായും പലതാകുന്നത് എങ്ങനെ സംഭവിക്കും കാരണം അവിടെ താൻ സത്യമായിരിക്കുക അവിടെ വികാരപ്പെടുന്ന ഒരു മനസ്സുണ്ടാവുക ആ മനസ്സ് പലതായി തീരുക ഇത് തന്റെ പരമാർത്ഥം പോലെ പരമാർത്ഥമല്ല തന്റെ സ്വരൂപസ്ഥിതി തന്റെ സ്വരൂപം അത് പരമാർത്ഥമാണ് പക്ഷെ മനസ്സിന്റെ ഭാവം മനസ്സിന്റെ വികാരപ്പെടൽ മനസ്സ് ദൃശ്യങ്ങളായി മാറുക ഇത് പരമാർത്ഥമല്ലാതെ സംഭവിക്കുന്നുണ്ട് അത് സംഭവിക്കുക യാഥാർത്ഥ്യമല്ലാതെ ഒന്ന് സംഭവിച്ചാൽ അത് യാഥാർത്ഥ്യത്തിന് ദോഷം ചെയ്യത്തില്ല പരമാർത്ഥത്തിൽ താൻ നിർവികാരനായിരിക്കെ തന്നെ തന്നെ അയഥാർത്ഥമായി ഇതല്ല സംഭവിക്കാം എന്ന് പറഞ്ഞാൽ അതൊന്നും തന്റെ നിർവികാരതയെ ബാധിക്കുന്നില്ല സ്വപ്ന ദൃശ്യങ്ങൾ സ്വപ്നത്തിന്റെ വിഷയങ്ങൾ തന്നെ ബാധിക്കുന്നില്ല തന്റെ നിർവികാരതയെ അത് സ്പർശിക്കുന്നില്ല അത് ആയഥാർത്ഥമായത് കൊണ്ട് തന്നെ അപ്പം നിർവികാരതയും വികാരപ്പെടല അതിന്റെ വൈരുദ്ധ്യത്തെ പരിഹരിക്കുന്നെങ്ങനെ ആ നിർവികാര സ്വരൂപം തന്നത് വാസ്തവം ബാക്കി അവിടെ കണ്ട കാഴ്ചകളെല്ലാം ആയഥാർത്ഥം അക്കാര്യത്തിൽ ആർക്കും സംശയമുണ്ടല്ലോ കാരണം ഒഴങ്ങനു ശേഷം പറയുന്നു ഉറപ്പിച്ചു പറയുന്നു അവിടെ ഞാൻ മാത്രമാണ് ഉണ്ടായിരുന്നത് എന്നെ കണ്ട കാഴ്ചകളോ അതൊക്കെ വെറും ഒന്നും സംഭവിച്ചില്ല ഇത് സർവാനുഭവസിദ്ധമാണ് ഇതിനെയാണ് ദൃഷ്ടാന്തം ഉദാഹരണമെന്ന് പറയുന്നത് ഈ സർവാനുഭവസിദ്ധമായ കാര്യത്തിലൂടെ അദ്വൈതത്തെ സമ്മർദ്ദിക്കുകയാണ് നിർവീകാരനായിരിക്കുന്ന താൻ നിർവീകാരനായിരിക്കുക തന്നെ ഈ മനസ്സ് താനെന്ന് പറയുമ്പോൾ തുര്യൻ മനസ്സ് സ്പന്ദിച്ച് ഈ പ്രപഞ്ചാകാരമായി മാറുന്നു ഇവിടെ ചോദിക്കുന്ന ഏറ്റവും വലിയൊരു ചോദ്യം ഇതാണ് ഇതൊരു വൈരുദ്ധ്യമല്ലേ തന്നെ നിർവികാരനാണെന്ന് പറയുകയും അവിടെ വികാരപ്പെടുന്ന ഒരു മനസ്സുണ്ടെന്ന് പറയുക ആ മനസ്സിന്റെ സ്പന്ദനമായി പ്രപഞ്ചം മുഴുവൻ പ്രകടമാകുക എന്ന് പറയുക ഇത് വിരുദ്ധമായ കാര്യമല്ലേ ഇത് സ്വപ്നത്തിനും വിരുദ്ധമല്ല എന്ന് മനസ്സിലായെങ്കിൽ അയാൾക്കിത് ജാഗ്രതത്തിനും വിരുദ്ധമല്ല എന്ന് ബോധ്യപ്പെടും സ്വപ്നത്തിന് വിരുദ്ധമല്ല എന്ന് ബോധ്യപ്പെടാൻ സ്വപ്നത്തെ വിശകലനം ചെയ്താൽ മനസ്സിലാവും സ്വപ്നത്തിൽ രണ്ടും നമ്മൾ അനുഭവിച്ചു എന്നുള്ളത് പരമാർത്ഥമാണ് സ്വപ്നത്തിൽ ഈ വികാരപ്പെട്ട പ്രപഞ്ചത്തെയും നമ്മൾ കണ്ടു നിർവികാരനായിരുന്ന തന്നെ കുറിച്ചും അതങ്ങനെ അതുകൊണ്ടാണ് ഓണശേഷം പറയുന്നത് അവിടെ ഞാൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അവിടെ ഒന്നും സംഭവിച്ചില്ല വാസ്തവം ഒന്നും കരുതാവുന്ന ഒന്നും സംഭവിച്ചില്ല എന്തൊക്കെയോ അവിടെ സംഭവിച്ചോ അതെല്ലാം വെറും തോന്നൽ മാത്രം എന്ന് പറഞ്ഞാൽ എന്താണോ അവിടെ തന്റെ നിർവികാരതയെ സ്വയം അംഗീകരിക്കുകയാണ് അവിടെ ആനയും കുതിരയും എല്ലാം കണ്ടു കഴിഞ്ഞെങ്കിലും കൊടുക്കുന്നതിന് ശേഷം തറപ്പിച്ച് പറയുന്നു എന്താണ് വെറും തോന്നൽ മാത്രം അവിടെ ഒന്നും ഉണ്ടായിരുന്നല്ലോ ആനിയും കുതിരി മാത്രമല്ല ആനയും കുതിരയും കാണേണ്ട കണ്ണും ശരീരവും മനസ്സും എല്ലാം അവിടെ ഉണ്ടായി അന്ന് പറയുന്ന ജാഗ്രത അനുഭവത്തെക്കുറിച്ച് പറയുകയാണ് സ്വപ്നത്തെക്കുറിച്ചുള്ള ജാഗ്രത സ്മൃതിയെ കുറിച്ച് പറയു സ്വപ്നത്തിന് ഹസ്തിയാദി ഗ്രാഹ്യ വസ്തുക്കൾ ഗ്രാഹകമായ ഇന്ദ്രിയങ്ങള് മനസ് ഇതിനാണല്ലോ ദ്വൈതമെന്ന് പറയുന്നത് ഈ ജാഗ്രത നമ്മൾ ദ്വൈതമെന്ന് വിളിക്കുന്നത് എന്തിനാണ് അപ്പഴ കാ കാഴ്ചകളെയും ഈ കാണലിനെയും കാണുന്നതിന് നമ്മൾ ഉപയോഗിക്കുന്ന ഈ വസ്തുക്കളെയും ഉപകരണങ്ങളെയും എല്ലാം ചേർത്താണ് ദ്വൈതമെന്ന് പറയുന്നത് ഇതൊക്കെ തന്നെയാണ് അവിടെ ഉണ്ടായത് ഇത്തരം കാഴ്ചകൾ തന്നെയാണ് അവിടെ ഉണ്ടായിരുന്നത് പക്ഷെ ഉണർന്നതിന് ശേഷം പറയുന്നു തന്റെ നിർവികാരതയെക്കുറിച്ച് എന്താണോ അവിടെ വിജ്ഞാനം വ്യതിരേഖയുടെ നസ്തി വിജ്ഞാനത്തിൽ നിന്ന് വ്യതിരിക്തമായി മറ്റൊന്നും ഉണ്ടായിരുന്നില്ല ആ വിജ്ഞാനം തന്നെയാണ് താനെന്ന് പറയുന്നത് എല്ലാത്തിനും അറിഞ്ഞുകൊണ്ടിരുന്ന ആ വിജ്ഞാനം ആ കാഴ്ചകളാണ് വിജ്ഞാനത്തിലെ അനുഭവങ്ങളാണ് നമ്മൾ സ്വപ്നം എന്ന് പറയുന്നത് പക്ഷേ ആ വിജ്ഞാനത്തിൽ നിന്ന് വേറിട്ട് അതൊന്നും അവിടെ ഉണ്ടായിരുന്നില്ല ഉണ്ടായിരുന്നെങ്കിൽ അത് ഒരു തോന്നൽ പോലെ ക്ഷണം കൊണ്ട് നശിച്ചുപോകത്തില്ലായിരുന്നു ജാഗ്രത നമ്മുടെ അനുഭവം എന്താണ് വിജ്ഞാനം വ്യതിരകമായി വസ്തുക്കളുണ്ടെന്നാണ് അതുകൊണ്ടാണ് ഈ വസ്തുക്കളെല്ലാം സ്ഥായി നമുക്ക് അനുഭവപ്പെടുന്നത് പക്ഷെ സ്വപ്നത്തിൽ വിജ്ഞാനം വ്യതിരകമായി വസ്തുക്കളുണ്ടായിരുന്നെങ്കിൽ എന്ത് സംഭവിച്ചെ വീണ്ടും ഈ ജാഗ്രത്തിൽ നിന്ന് വേറൊരു ജാഗ്രതയിലേക്ക് പോകുന്ന പോലെ നമുക്കൊരു സ്വപ്നത്തിൽ നിന്ന് വേറൊരു സ്വപ്നത്തിലേക്ക് പോകാമായിരുന്നു നമുക്ക് ഈ ജാഗ്രതയിൽ നിന്ന് വീണ്ടും അടുത്ത ജാഗ്രതത്തിലേക്ക് വരാം കഴിഞ്ഞ ജാഗ്രത്തിലെ ചർച്ചകൾ കഴിഞ്ഞ് വീണ്ടും ഈ ജാഗ്രത്തിലെ ചർച്ചയിലേക്ക് വരുന്നു ഇതിനൊരു നിയതസ്വഭാവം എന്തുകൊണ്ടാണ് നമുക്കിവിടെ ഒരു അനുഭവം ഉണ്ട് വിജ്ഞാനം വ്യതിരേഖകമായി വസ്തുക്കൾ ഉണ്ടെന്ന് അത് സത്യമാണെന്നുമാണ് നമ്മുടെ അനുഭവം അതുകൊണ്ടാണ് ജാഗ്രതയിൽ നിന്നും ജാഗ്രതത്തിലേക്ക് നമുക്ക് നിരന്തരം സഞ്ചരിക്കാൻ കഴിയുന്നു സ്വപ്നത്തിൽ സംഭവമേ സ്വപ്നത്തിൽ നമുക്ക് ഒരു സ്വപ്നത്തിൽ നിന്നും പിന്നെ അടുത്തൊരു സ്വപ്നത്തിലേക്ക് ജാഗ്രതയിലേക്ക് പോകുന്ന പോലെ നമുക്ക് പോകാൻ കഴിയുന്നില്ല പക്ഷെ സ്വപ്നത്തിൽ ഒരു പക്ഷെ പല ജാഗ്രതകളെ നമുക്ക് കാണാൻ കഴിഞ്ഞിരിക്കാം പക്ഷെ ഒരിക്കലും ഒരു സ്വപ്നത്തിൽ നിന്നും വേറെ സ്വപ്നത്തിലേക്ക് പോകാൻ കഴിയുന്നില്ല എന്തുകൊണ്ട് ആ സ്വപ്നത്തിൽ നിന്ന് അവിടുത്തെ ജാഗ്രതയിലേക്ക് വരുമ്പോൾ നമുക്ക് ബോധ്യപ്പെടുന്നു എന്താണോ വിജ്ഞാനം ബെതിരുകീണ വിജ്ഞാനം ബെതിരുകയുമായി അവിടെ ഒന്നും തന്നെ ഉണ്ടായിരുന്നില്ല പക്ഷെ ഒരു ജാഗ്രതയിൽ നിന്ന് നമ്മൾ മറ്റൊരു ജാഗ്രത്തിലേക്ക് പോകുമ്പോൾ ആ അനുഭവം ഉണ്ടാകുന്നില്ല വിജ്ഞാനം ബെതിരുകീണ എന്ന് നമുക്ക് പറയാൻ കഴിയുന്നില്ല കാരണം ഇവിടുത്തെ സത്യാനുഭവം ഈ സത്യാനുഭവത്തെ സ്വപ്ന ദൃഷ്ടാന്തത്തിൽ കൂടെ ആത്മനിഷ്ഠമായി ഗ്രഹിക്കാൻ പറ്റും സ്വപ്നത്തിൽ നിന്ന് വരുമ്പോൾ മനസ്സിലാകുന്നതാണ് വിജ്ഞാനം ബെതിരേഖ നാസ്തി അവിടെ വിജ്ഞാനം മാത്രമേ ഉള്ളൂ എന്നുവെച്ചാൽ അവിടെ ദ്രഷ്ടാവും ദൃശ്യവും എന്ന് പറയുന്ന രണ്ടുണ്ടായിരുന്നില്ല രണ്ടുണ്ടായിരുന്നില്ലെങ്കിൽ അത് തന്നെ അദ്വൈതം എന്ന് പറയുന്നു അപ്പൊ രണ്ടായതോ അതാണ് പറഞ്ഞത് അദ്വയം ജവയാഭാസം അദ്വയം തന്നെയാണ് ദ്വയമായിരിക്കുന്നത് അത് ജാഗ്രതത്തിൽ മാത്രമേ ബോധ്യപ്പെടുന്നു എന്നേയുള്ളൂ ജാഗ്രത ബോധ്യപ്പെട്ടുകഴിഞ്ഞാൽ അദ്വൈതത്തിന്റെ സ്വഭാവത്തെ ബോധ്യപ്പെട്ടു കഴിഞ്ഞാൽ അടുത്തിനി പറയും വിദ്യുതനുഭവത്തിൽ വിദ്വാൻമാരുടെ അനുഭവത്തിൽ ആ വിദ്വാൻമാരുടെ അനുഭവത്തെ നമുക്ക് പറയാം തുര്യൻ എന്ന് നമുക്ക് പറയാം തുര്യ അനുഭവം എന്ന് വേണമെങ്കിൽ പറയാം ആ അനുഭവത്തിൽ ജാഗ്രതനെ അവർ ധരിക്കുന്നുണ്ടാണ് ഇതും വിജ്ഞാനം വ്യതിരേകേണ നാസ്തി വിജ്ഞാനത്തിനൊന്നും വേറിട്ടില്ല എന്ന് വിദ്വത് അനുഭവത്തെ മുൻനിർത്തിയാണ് ഇവിടെ പറയുന്നത് എന്ന സംശയത്തിൽ സംശയിക്കേണ്ട കാര്യമില്ല ജാഗ്രതപി തഥാ ഇവ ജാഗ്രതം അതുപോലെ തന്നെ ഇപ്പൊ വിജ്ഞാനം വ്യതിരേകമായി സ്വപ്നത്തിൽ വിഷയങ്ങളില്ലെങ്കിൽ കാഴ്ചകളില്ലെങ്കിൽ അവിടെ കേവലം വിജ്ഞാനം മാത്രമായിരുന്നു വിജ്ഞാനം താൻ തന്നെയാണ് തന്റെ വിജ്ഞാനം എന്താ താൻ തന്നെയായിരിക്കുന്ന വിജ്ഞാനം അതുകൊണ്ടാണല്ലോ ജാഗ്രതത്തിൽ അത് സ്മരിക്കാൻ കഴിയുന്നത് അങ്ങനെയായിരുന്നെങ്കിൽ അദ്വൈതമെന്ന് പറയുന്നത് എന്താണോ ആ അദ്വൈതത്തിൽ നിന്നും വേർതിരിക്കാവുന്ന ഒരു ദൈതമില്ല അതാണ് സ്വപ്നത്തിൽ നമ്മൾ മനസ്സിലാക്കുന്നത് അദ്വൈതത്തിൽ വേർതിരിക്കാൻ മറ്റൊന്നില്ല കാരണം ഒന്നിനെ വേർതിരിക്കണമെങ്കിൽ അത് സത്യമായിരിക്കണം എന്നാലും നമുക്കതിനെ വേർതിരിക്കാം രണ്ട് സത്യങ്ങളുണ്ടെങ്കിൽ ഒന്നിൽ നിന്നും മറ്റൊന്നിനെ നമുക്ക് മാറ്റിവെക്കാം വ്യാവഹാരികമായ ഒരു സത്യത്വം ഉള്ളതുകൊണ്ടാണ് നമ്മൾ വേശയുടെ പുറത്ത് പ്രസവം വയ്ക്കുന്നത് രണ്ട് വസ്തുക്കളാണ് അവിടെ നമുക്കവിടെ രണ്ടു അനുഭവപ്പെടുന്നുണ്ട് ഒന്ന് മറ്റൊന്ന് ഒന്നിൽ നിന്ന് മറ്റൊന്നിനെ നീക്കിവയ്ക്കാൻ കഴിയും കൂട്ടിച്ചേർക്കാൻ കഴിയും സംയോഗവിയോഗങ്ങളെല്ലാം അവിടെ സംഭവിക്കുന്നു സ്വപ്നത്തിൽ കുറിച്ച് ജാഗ്രത ചിന്തിക്കുമ്പോഴോ അവിടെ ആ വിജ്ഞാനത്തിലേക്ക് വന്ന് വന്നു ചേർന്നതായിട്ടോ അതിനൊന്നു പോയതായിട്ടോ ഒന്നുമില്ല വിജ്ഞാനം വിദരവുമായി മറ്റൊന്നും ഉണ്ടായ എന്തുകൊണ്ട് എന്താണോ നമ്മളിവിടെ അനുഭവപ്പെട്ട അതെല്ലാം വിജ്ഞാനം വ്യതിരേകമായി ചിന്തിക്കുമ്പോൾ അത് അസത്യമാണ് അദ്വൈതമെന്ന് പറയുമ്പോൾ എന്തായി അവിടെ കണ്ട കാഴ്ചകളും അവിടുത്തെ കാഴ്ചക്കാരനും എല്ലാം കൂടി ചേരുന്നതായി അദ്വൈതമെന്ന് പറയുന്നു കാരണം അവിടുത്തെ കാഴ്ചകൾ ആ കാഴ്ചക്കാരിൽ നിന്ന് അന്യമായിരുന്നില്ല കാഴ്ചക്കാരിൽ നിന്ന് അന്യമല്ലെങ്കിൽ അതും ആ കാഴ്ചക്കാരൻ തന്നെയായിരുന്നെങ്കിൽ അതുകൊണ്ടാണ് ശ്രുതി എന്നെ പറയുന്നതാണ് ആ സ്വപ്നത്തിൽ സ്വയം ജ്യോതിസായിരുന്നു ആത്മാവിടെ സ്വയം ജ്യോതിസായി പ്രകാശിച്ചുകൊണ്ടിരുന്നു അതിൽ നിന്ന് വേർതിരിക്കാൻ സത്യത്തിൽ വേർതിരിക്കാനൊന്നുമില്ല അസത്യമാണെങ്കിലോ അതിനെ വേർതിരിക്കേണ്ട ആവശ്യമില്ല സ്വപ്നത്തിന്റെ കാഴ്ചകളിൽ അസത്യമാണെങ്കിൽ പിന്നെ അതിനെന്തിനു വേർതിരിക്കുന്നു വേർതിരിക്കാനും അതാണ് അദ്വയം ദ്വയാഭാസം എന്ന് പറയുന്നത് അപ്പൊ അദ്വൈതം എന്ന് പറയുമ്പോൾ സ്വപ്നം എന്ന് പറയുന്നത് അതിന്റെ അദ്വൈതാനുഭവമാണിത് ജാഗ്രതത്തിൽ അതിനെ സത്യം അസത്യം ഒന്ന് നമ്മൾ വേറിതിരിക്കുന്നുണ്ടെങ്കിലും പരമാർത്ഥത്തിൽ അത് അദ്വൈതാനുഭവം തന്നെ അതുകൊണ്ട് എങ്ങനെയുള്ള അനുഭവം ആത്മനിഷ്ഠമായ അനുഭവം അതുകൊണ്ടാണ് അതിനെ ദൃഷ്ടാന്തമായി എടുത്ത് കാണിക്കുന്നത് അതുകൊണ്ടാണ് പല ഭാഗത്തും പറയുന്നത് എന്താണ് ഇത് സ്വപ്ന സമാനമാണ് ഇത് സ്വപ്ന സമാനമാണെന്ന് പറയുമ്പോൾ അവിടെ എന്താ ചെയ്യുന്നത് സ്വപ്നത്തിന് ഇതിനേക്കാളും ശ്രേഷ്ഠമായൊരു സ്ഥാനം കൊടുക്കുകയാണ് ആത്മനിഷ്ഠന്മാർ പറയുന്നു ജാഗ്രത സ്വപ്ന സമാനമായി അനുഭവപ്പെടുന്നു സ്വപ്ന സമാനമായി പറയാൻ കാരണം സ്വപ്നത്തിന് ജാഗ്രതക്കാളും മേന്മ കൊടുക്കുകയാണ് ജാഗ്രതത്തിനല്ല അവിടെ പ്രാധാന്യം കൊടുക്കുന്നത് സ്വപ്നത്തിനാണ് എന്തുകൊണ്ട് അവിടെയാണ് അദ്ദേഹം ദ്വയാഭാസമായിരിക്കുന്നത് അങ്ങനെ വരുമ്പോ സ്വപ്ന സമാനമായി കാണുന്ന ഒരാൾക്ക് ഈ ജാഗ്രത്തിൽ സ്വപ്ന സമാനമായ അനുഭവം ഉണ്ടാകുമ്പോൾ അതിനെ തന്നെ പറയുന്നു തുല്യ അനുഭവം അവിടെ നിഷേധിക്കാനായിട്ടൊന്നുമില്ല അന്ന് ഏകമായ അദ്വൈതം തന്നെയാണ് ദ്വയാഭാസമായിരിക്കുന്നതെങ്കിൽ ആ ദ്വൈതത്തെ അദ്വൈതത്തിൽ നിന്ന് വേർതിരിക്കാൻ കഴിയത്തില്ല നിഷേധിക്കാൻ കഴിയത്തില്ല രണ്ടുണ്ടെങ്കിലേ നിഷേധിക്കാൻ കഴിയും ഒന്നേ ഉള്ളൂങ്കിൽ എങ്ങനെ നിഷേധിക്കാൻ കഴിയും നിഷേധിക്കാൻ കഴിയത്തില്ല അതാണ് അദ്വൈതത്തിന്റെ പൂർണ്ണമായ ഇതില്ല അതിനാണ് രണ്ടാമത് പറയുന്നത് അദ്വയം ദ്വയാഭാസം തഥാ ജാഗ്രത് ജാഗ്രത സ്വപ്നം പോലെ ദ്വയാഭാസമാണ് എന്ന് പറയുമ്പോൾ സ്വപ്നം നമുക്ക് മനസ്സിലാകുന്നുണ്ട് ബോധ്യപ്പെടുന്നുണ്ട് സ്വപ്നത്തിൽ താൻ മാത്രമാണ് ഉണ്ടായിരുന്നത് അവിടെ ദൃശ്യങ്ങൾ ഉണ്ടായിരുന്നില്ല എന്നെല്ലാം മനസ്സിലാകുന്നത് പക്ഷേ ജാഗ്രതത് ബോധ്യപ്പെടുന്നില്ല ജാഗ്രത്തിൽ താൻ തന്നെ വേറിട്ടറിയുന്നു തന്റെ ദൃശ്യങ്ങളെ വേറിട്ട് സത്യമായും അറിയുന്നു അതെന്തുകൊണ്ടാണ് അങ്ങനെ സംഭവിക്കുന്നത് കാരണം അവിടെ ജാഗ്രതങ്ങനെ സംഭവിക്കുന്നു എന്ന് പറയുമ്പോൾ അയാൾ ജാഗ്രതനെ വിട്ട് പരാജാഗ്രത്തിൽ അല്ലെങ്കിൽ തുര്യനിൽ ആണ് അനുഭവം നിൽക്കുന്നത് അതുകൊണ്ടാണ് ജാഗ്രതയിലിരിക്കുന്നവർക്ക് ഇത് മനസ്സിലാവാത്തത് ആചാര്യം പറയുന്നത് അദ്വയംജ് ദ്വയാഭാസം തഥാ ജാഗ്രത് വാക്കിന്റെ അർത്ഥം മനസ്സിലാവുന്നു സ്വപ്നത്തിൽ എങ്ങനെയാണോ ദ്വയാഭാസം പ്രതീതമായത് ആ സ്വപ്നത്തിന്റെ യാഥാർത്ഥ്യം ജാഗ്രതയിൽ ബോധ്യപ്പെട്ടത് അതുപോലെ തന്നെ ജാഗ്രതമാണ് സ്വപ്നത്തിന് യാതൊരു വ്യത്യാസമില്ലെന്നാണ് പറയുന്നത് പക്ഷെ ജാഗ്രതയിൽ ഈ ജാഗ്രത ഉള്ളിരുന്നുകൊണ്ട് നമ്മൾ എത്ര ചിന്തിച്ചാലും ഈ ജാഗ്രതത്തിന് സ്വപ്നത്തിൽ നിന്നുള്ള വ്യത്യാസത്തെ നമുക്ക് നിഷേധിക്കാൻ പറ്റത്തില്ല നമ്മൾ പറയും സ്വപ്നം വേറെയാണ് ജാഗ്രത വേറെയാണ് പക്ഷെ ജാഗ്രതനും ദുരാഭാസവും പറയുമ്പോൾ ഇവിടെ ആചാര്യം ഏത് അനുഭവത്തിന്നുകൊണ്ട് പറയുന്നു തുല്യ അനുഭവത്തിന്നുകൊണ്ട് പറയുന്നു തുല്യ അനുഭവത്തിൽ നിന്നുകൊണ്ട് നമ്മൾ ബോധിപ്പിക്കുന്നത് നമ്മുടെ ജാഗ്രതനെ ബോധിപ്പിക്കുകയാണ് നിങ്ങളുടെ ഈ ജാഗ്രത ഇത് പരമാർത്ഥമല്ല ഈ ജാഗ്രത്തിൽ അദ്ദേഹം തന്നെ ദയാഭാസമായി നിൽക്കുന്ന ഒരു തലമുണ്ട് എന്ന് പറഞ്ഞാൽ ഇതും സ്വപ്നം പോലെ അനുഭവപ്പെടുന്ന ഒരു തലം അതാണ് പരാജാഗ്രത് അതാണ് തുര്യം അവിടെ എങ്ങനെയാണോ നമ്മൾ സ്വപ്നത്തെ ഈ ജാഗ്രതയിലിരുന്ന് വിശകലനം ചെയ്ത് അനുഭവപ്പെടുത്തുന്നെന്താണ് അവിടെ ഏകമായ താൻ മാത്രമായിരുന്നു താൻ തന്നെയാണ് അവിടെ പലതായിരുന്നത് എന്നിവിടെ ബോധ്യപ്പെടുന്നത് ഇതുപോലെ തത്വജ്ഞനം എന്ത് ചെയ്യുന്നു തന്റെ പരാജാഗ്രതത്തിലിരുന്നു കൊണ്ട് ഈ ജാഗ്രതയും ബോധ്യപ്പെടുന്നു ഈ ജാഗ്രതും അതുപോലെ ദ്വയാഭാസമാണ് അവിടെ മനസ്സിലാക്കേണ്ട കാര്യം ജാഗ്രത് ദ്വയാഭാസമാണെന്ന് പറയുന്ന ജാഗ്രതയിലല്ല ജാഗ്രത്തിൽ നമ്മൾ ഈ ജാഗ്രത് ദ്വയാഭാസമാണെന്ന് പറഞ്ഞാൽ കഴിഞ്ഞ ദിവസം നമ്മൾ ചർച്ച ചെയ്ത പോലെ ആയിരിക്കും എന്താണോ ഈ അഹന്ത സ്വയം ജ്ഞാനിയാവാൻ ശ്രമിക്കുന്ന പോലെയായിരിക്കും നടക്കുന്ന കാര്യം അഹന്തയ്ക്കൊരിക്കലും ആത്മനക്ഷനാകാൻ കഴിയത്തില്ല അത് എപ്പോഴാണോ ആ ജീവഭാവം വിടുന്നത് ആ ജീവഭാവം വിട്ടിട്ടാണ് ഒരാൾ ആത്മനക്ഷനാകുന്നത് ജീവഭാവത്തിലിരുന്നു കൊണ്ട് നമ്മൾ അതിനുവേണ്ടി ശ്രമിക്കുകയാണ് അത് നടക്കുന്ന കാര്യമില്ല അജീവഭാവം നഷ്ടപ്പെടും അതുപോലെ ജാഗ്രത് അദ്വൈമായ ആത്മാവിന്റെ ദയാഭാസമാണെന്ന് പറയുമ്പോൾ അല്ലെങ്കിൽ അദ്വൈമായ നിന്റെ ദയാഭാസമാണ് ജാഗ്രത എന്ന് പറയുമ്പോൾ അതൊരിക്കലും ജാഗ്രതയിൽ ബോധ്യപ്പെടുത്തില്ല പക്ഷെ ജാഗ്ര ിൽ നമ്മളെ ബോധ്യപ്പെടുത്താൻ ശ്രമിക്കുകയാണ് അവിടെ എന്ത് ചെയ്യണം അത് ബോധ്യപ്പെടണമെങ്കിൽ ജാഗ്രത വിടണം ജാഗ്രത വിട്ടുകഴിഞ്ഞാൽ ബോധ്യപ്പെടും അതാണ് പറയുന്നത് ന സംശയഹ ഇത് കേട്ടാലും നമുക്ക് സംശയമുണ്ട് എന്തുകൊണ്ട് നമ്മൾ ജാഗ്രതയിലിരുന്ന് കേൾക്കുന്നു ജാഗ്രത സത്യത്തെ സാക്ഷാത്കരിക്കാൻ ശ്രമിക്കുന്നു അത് അബദ്ധമാണ് എപ്പോഴാണോ അയാൾ ജാഗ്രത വിടുന്നത് അപ്പോൾ സ്വപ്നത്തെ വിട്ടിട്ട് ജാഗ്രത വന്ന് സ്വപ്നത്തിന്റെ സത്യം ഗ്രഹിച്ചതുപോലെ ജാഗ്രത വിട്ടിട്ട് പരാജാഗ്രത്തിൽ ഈ ജാഗ്രതത്തിന്റെ സത്യം ബോധ്യപ്പെടുന്നു അപ്പോൾ മഹാത്മാക്കൾ ഉണർന്നിരിക്കുന്ന പരാജാഗ്രതത്തിലാണ് ഈ ജാഗ്രതല്ല അവർ ഈ ജാഗ്രത്തിനെ നമുക്ക് പറയാം എങ്ങനെ സ്വപ്ന സമാനമായി കാണുന്നു എന്ന് പറയാം അല്ലെങ്കിൽ വേറെ തരത്തിൽ പറയാം എങ്ങനെയാണോ മുമ്പ് പറഞ്ഞതുപോലെ ഈ ജാഗ്രത് നമുക്ക് സ്വപ്ന സ്മൃതിയായിരിക്കുന്നത് ഇവിടെ നമുക്ക് സ്വപ്നം ഒരു സ്മരണയാണ് അതുപോലെ മഹത്തുക്കൾക്ക് അവരുടെ പരാജാഗ്രത്തിൽ നമ്മൾ ഈ അനുഭവിച്ചു ഈ ജാഗ്രത് കേവലം സ്മൃതി മാത്രമാണ് അതിനെക്കുറിച്ച് ശാസ്ത്രങ്ങളിൽ നിജസ്മൃതി അത് കേവലം നിജസ്മൃതിയാണ് നമ്മൾ ഇപ്പൊ പല സ്മൃതികളും അനുഭവങ്ങൾ ഉണ്ടാകുന്നു അതിനെ കുറിച്ചുള്ള സ്മരണകളുണ്ടാകുന്നു പ്രാപഞ്ചികമായ അനുഭവങ്ങൾ പ്രാപഞ്ചികമായ സ്മരണകൾ ഇനി ആധ്യാത്മികമായ ജ്ഞാനമായനുസരിച്ച് അതിന്റെ സ്മരണകളുണ്ടാകുന്നു പക്ഷെ ഇതൊന്നും നിജസ്മൃതിയാവില്ല തത്വജ്ഞാൻ ആ നിജസ്മൃതിയിലിരിക്കുകയാണ് ആ നിജസ്മൃതിയിലിരിക്കുമ്പോൾ അയാൾക്ക് ബോധ്യപ്പെടുന്നത് ആ ബോധ്യപ്പെടുന്നതിൻ്റെ കൂടെ പറയുന്നു എന്ന സംശയ ഇക്കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട ഏതുപോലെ സ്വപ്നത്തെ നമ്മൾ സ്വപ്നത്തിൽ ജാഗ്രത അനുഭവിച്ചത് ജാഗ്രതത്തിലേക്ക് വന്നപ്പോൾ നമുക്ക് സ്വപ്നമായി അതാണ് സംഭവിക്കുന്നത് ഇവിടെ നമ്മൾ ഈ ജാഗ്രതയും ജാഗ്രതയിൽ തന്നെ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നു പരാജാഗ്രതത്തിലേക്ക് പോകുമ്പോഴോ ഇത് സ്വപ്നമായി തീരു സ്വപ്നത്തിലിരിക്കുമ്പോൾ നമുക്ക് എപ്പോഴെങ്കിലും സ്വപ്നത്തെ നമുക്ക് സ്വപ്നമാക്കാൻ കഴിഞ്ഞിട്ടില്ല സ്വപ്നത്തിലിരുന്നപ്പോൾ നമുക്ക് ജാഗ്രത മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ രണ്ടാമതൊരു സ്വപ്നം ഉണ്ടായിരുന്നുള്ളൂ സത്യമായ ജാഗ്രത നമ്മൾ കണ്ടുകൊണ്ടല്ലേ അതുപോലെ ഈ ജാഗ്രത്തിലിരിക്കുമ്പോ അജ്ഞാനകാര്യമായ ഈ ജാഗ്രത മോഹത്തിനവിടെ അടിമപ്പെട്ടിരിക്കുന്ന ഈ ജാഗ്രത്തിലിരിക്കുമ്പോൾ ഈ ജാഗ്രത് നമുക്കൊരിക്കലും സ്വപ്നമായി അനുഭവപ്പെടത്തില്ല ഇത് ജാഗ്രതായി തന്നെ നീ ജാഗ്രതയിലിരുന്നു കൊണ്ടൊരാള് ഇതിനെ സ്വപ്നമാക്കാൻ ശ്രമിച്ചാൽ ചിന്ത കൊണ്ട് ഇതിനെ സ്വപ്നമാക്കാൻ കഴിച്ചിട്ട് ശ്രമിച്ചാൽ കേവലം അത് ചിന്തയിൽ മാത്രമേ ഇരിക്കത്തുള്ളൂ ഒരിക്കലും സ്വപ്നമാകത്തില്ല വിചാരം കൊണ്ട് ഇതിനെ സ്വപ്നമാക്കാൻ സാധ്യമല്ല അത് ഈ ജാഗ്രതയിൽ നിന്ന് വിട്ടാലേ സാധ്യമാകും അത് പരാജാഗ്രതത്തിലേ സംഭവിക്കത്തുള്ളൂ പരാജാഗ്രത എന്ന് പറയുന്ന അനുഭവത്തിൽ മാത്രമേ അത് ജാഗ്രത അനുഭവത്തിൽ സ്വപ്നം പോലെ ജാഗ്രതായിരുന്ന സ്വപ്നം കേവല സ്വപ്നമായി മാറിയതുപോലെ ഈ ജാഗ്രതം കേവല സ്വപ്നമായി മാറുന്നു അതാണ് സ്വപ്നത്തെയും ജാഗ്രതനെയും ഇവിടെ താരതമ്യം ചെയ്തു പറയുന്നത് സ്വപ്നത്തെ ആത്മനിഷ്ഠമായ ദൃഷ്ടാന്തമായി എടുത്ത് കാണിക്കുന്നത് ഇതിനപ്പുറം ഇതിനെ വിശകലനം ചെയ്യാൻ സാധ്യമല്ല തീരിയനുഭവത്തെ വിശകലനം ചെയ്യാൻ സാധ്യമല്ല തുടർന്നു വരുന്ന കാര്യങ്ങളിലും ഭാഷകാലം പ്രത്യേകം ഇവിടെ ചർച്ച ചെയ്യുന്നത് അനുഭവത്തെക്കുറിച്ചാണ് പക്ഷെ ആ ചർച്ച നമ്മൾ ശ്രവിക്കുന്നത് ജാഗ്രത ജാഗ്ര മാറി അനുഭവത്തിലേക്ക് വരുന്നത് വരെ ഈ ഭേദം നിലനിർത്തും എന്താണ് ഈ ദ്വയാഭാസം ഇങ്ങനെ തന്നെ നിലനിന്നു പരമാർത്ഥ സത് വിജ്ഞാനം മാത്രം അപ്പരാജാഗ്രത തുരീയത്തിൽ എന്താണ് ഈ ജാഗ്രതത്തിലെ ഗ്രാഹ്യ ഗ്രാഹക ഭേദങ്ങളെല്ലാം രണ്ടും ഗ്രാഹ്യൊന്നും ഗ്രാഹകനെന്നും പറയുന്നത് ഇത് രണ്ടും ഭേദമാണ് ഈ രണ്ട് ഭേദങ്ങളും പരമാർത്ഥ സദ്വിജ്ഞാനമാത്രം എന്നയാൾക്ക് ബോധ്യപ്പെടുന്നു ഇതൊരു അനുഭവമാണെന്നുള്ളതിനെന്താ അതൊരു ന സംശയ എന്ന് പറയും അനുഭവത്തിലെ സംശയത്തെ നിഷേധിക്കാൻ പറ്റും അനുഭവമില്ലാതെങ്കിലും നമുക്ക് സംശയത്തെ നിഷേധിക്കാൻ പറ്റും അതുകൊണ്ട് തത്വജ്ഞന്റെ അനുഭവത്തിൽ നിന്നുകൊണ്ട് പറയുന്നു ഇക്കാര്യത്തിൽ യാതൊരു സംശയവും ഇല്ല എന്നുണ്ടാകും അത് അല്ലാതെ നമ്മൾ പറയുകയാണ് ഈ പ്രപഞ്ച ഒരു സ്വപ്നമാണ് ഇത് പരമാർത്ഥമല്ല മായയാണ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ തീർച്ചയായും മറ്റുള്ളവർക്ക് നമ്മളെ പരിഹസിക്കാം കാരണം നമ്മൾ പറയുന്നത് നമ്മുടെ അനുഭവത്തിൽ കേവലം നമ്മുടെ വിചാരങ്ങളെ പ്രകടമാക്കുകയാണ് അതിന് പരമാർത്ഥമായിട്ട് യാതൊരു ബന്ധവുമില്ല അപ്പം നമ്മൾ പറയുന്ന അസത്യമാണ് അസത്യം നമ്മൾ പറയുമ്പോൾ മറ്റൊരാളെ നമ്മളെ പരിഹസിക്കുന്നതിന് ദോഷമുണ്ട് പക്ഷെ ഇവിടെ ആചാര്യം പറയുമ്പോൾ അങ്ങനെയല്ല പറയുന്നത് ന സംശയത്തിൽ സംശയമില്ല കാരണം ജാഗ്രതത്തിലല്ലേ ഇത് പറയുന്നു പരാജാഗ്രത്തിലാണെന്ന് പറയുന്നത് അത് തന്നെയാണ് വേറെ തരത്തിൽ അടുത്ത് വിശദീകരിക്കുന്നത് तथा मनो दम दम। भावे प्रद्धम मांडविक्यक श्लोक ർപ്പവത് വികത്നാരൂപം ദ്വൈത രൂപ മനുഷ്യം മുമ്പ് പറഞ്ഞു നിർവികാരമായിരിക്കുന്ന താണ്ടൻ നിർവികാരിയായ താണ്ടെ മനോരൂപത്തിൽ ഗ്രാഹകനായും ഗ്രാഹ്യമായും ഇരിക്കുന്നു മനോരൂപത്തിൽ എന്നുള്ളത് പ്രത്യേകമാണ് പരമാർത്ഥ രൂപത്തിലല്ല പരമാർത്ഥ രൂപത്തിൽ എന്നും പരമാർത്ഥ രൂപത്തിൽ തന്നെ ഇരിക്കെ ആ പരമാർത്ഥത്തിന് സ്വന്തം നിലവിടാതെ മനോരൂപത്തിൽ വികല്പനാരൂപത്തിൽ ഇരിക്കാൻ കഴിയുന്നതാണ് എന്തുകൊണ്ട് ആ മനോരൂപം അസത്യമായതുകൊണ്ട് മനസ്സ് സത്യമാണെങ്കിൽ അതും പരമാർത്ഥമാണെങ്കിൽ അത് സാധ്യമല്ല അത് അസത്യരൂപത്തിൽ വരുമ്പോൾ അത് സാധ്യമാകും എന്താണ് ഈ അസത്യം എന്ന് ചോദിച്ചാൽ പറയും സത്യത്തിൽ നിന്നും വേർതിരിക്കാൻ കഴിയാത്ത ഒന്നും അതാണ് അസത്യം എന്നിവിടെ പറയുന്നത് അസത്യം അസത്യം എന്ന് പറയുമ്പം മലയാളത്തിലെ അസത്യത്തെ നമ്മൾ ധരിക്കണം സത്യത്തിൽ നിന്നും ഭിന്നമാക്കാൻ കഴിയാത്ത ഒന്നാണ് അസത്യം എന്ന് പറയുന്നത് എന്നാൽ അത് ഗ്രാഹിക ഗ്രാഹക രൂപത്തിൽ പ്രപഞ്ചരൂപത്തിൽ നിൽക്കുന്നോണ്ട് അതിന് അസത്യം എന്നും പറയുന്നു പരമാർത്ഥത്തിൽ സത്യമെന്നോ അസത്യമെന്നോ വേറിതിരിക്കാൻ കഴിയുന്നു എപ്പോഴും മനസ്സിലാക്കേണ്ട കാര്യമൊന്നും പരമാർത്ഥമൊന്നും നമ്മുടെ അനുഭവം വേറുന്നു നമ്മുടെ അനുഭവത്തിന്റെ തലത്തിലാണ് ചോദ്യങ്ങളും സമാധാനം അനുഭവത്തിന്റെ തലത്തിലാണ് നമ്മൾ പരമാർത്ഥത്തെ കാണുന്നതും അസത്യത്തെ കാണുന്നതും അതുകൊണ്ടാണ് ചിലടത്ത് പറയുന്നത് എന്താണ് ചോദ്യത്തിനനുസരിച്ചാണ് സമാധാനങ്ങളല്ല ചോദ്യത്തിൽ നിന്ന് വിട്ടൊരു സമാധാനമില്ല അപ്പൊ ചോദ്യത്തിന് സമാധാനത്തിന് ഉപരിയാണെങ്കിൽ അത് പരാജാഗ്രത ആണ് അവിടെ ചോദ്യവും സമാധാനമില്ല തുര്യനിൽ അതൊന്നും ഇല്ല മറിച്ചാണെങ്കിലോ അവിടെ പറയുന്നു മനയൈവ സർവവും മനസ്സ് തന്നെയാണ് എന്ന് പറയുന്നു ഇതും തെറ്റിദ്ധരിക്കുന്നതാണ് സർവ്വവും മനസ്സ് തന്നെയാണെന്ന് പറയുമ്പോൾ നമ്മുടെ സങ്കല്പവികല്പാത്മകമായിരിക്കുന്ന ഈ മനസ്സ് അതാണ് സർവവും സ്പന്ദിക്കുന്ന മനസ്സ് തുര്യനിൽ താനുൾപ്പെടെയുള്ള സർവത്തിനെയും പ്രകാശിപ്പിക്കുന്ന മനസ്സ് അതിനാണ് ഇവിടെ മനസ്സെന്ന് പറയുന്നത് അല്ലാതെ നമ്മൾ പഠിക്കുകയും മനസ്സിലാക്കുകയും ചെയ്യുന്ന നമ്മുടെ ചെറിയ ചെറിയ മനസ്സുകളെ അല്ല ആ മനസ്സിനെ കുറിച്ച് നമുക്ക് വേണമെങ്കിൽ പറയാം എന്താണോ അത് നമ്മുടെ തലച്ചോറിന്റെ ഒരു പ്രവർത്തനം കൊണ്ടുണ്ടാകുന്നതാണ് ഇതൊക്കെ വേണമെങ്കിൽ നമുക്ക് പഠിക്കാം മനസ്സിലാക്കാം അളക്കാം എല്ലാം പറ്റിയ മനസ്സാണ് അതല്ല ഇവിടെ പറയുന്നു ആ മനസ്സ് ഈ വലിയ മനസ്സിന്റെ ചെറിയൊരു സ്ഫുരണം മാത്രമാണ് മനസ്സ് ഇവിടെ പറയുന്ന മനസ്സെന്ന് പറയുന്നത് നമ്മുടെ എല്ലാ മനസ്സുകൾക്കും ആധാരമായിരിക്കുന്ന മനസ്സാണ് അതാണ് തുര്യന്റെ മനസ്സ്പന്ദനം എന്നും നമ്മളത് പറഞ്ഞിട്ടുള്ളൂ അതിന്റെ തെറ്റിദ്ധാരണ വരാതിരിക്കാൻ വേണ്ടി ആ മനസ്സാണ് ഈ ദ്വൈത രൂപത്തിൽ നിൽക്കുന്നത് എന്റെ മനസ്സായും നിന്റെ മനസ്സായും എല്ലാം നിൽക്കുന്ന ആ മനസ്സാണ് എന്റെ മനസ്സും നിന്റെ മനസ്സുമൊക്കെ നമുക്ക് അളക്കാൻ പറ്റും അതിന്റെ ചലനങ്ങളെല്ലാം നമുക്ക് പഠിക്കാനും മനസ്സിലാക്കാനും എല്ലാം പറ്റും നേരിട്ട ഉപകരണങ്ങൾ ഉപയോഗിച്ചും എല്ലാം പറ്റും അത് പല നിർവചനങ്ങളും കൊടുക്കും ഇവിടെ പറയുന്ന മനസ്സെന്ന് പറയുന്നത് എന്താണ് അദ്വൈതമാണ് അതിനെ നിർവചിക്കാൻ പറ്റത്തില്ല നിർവചിച്ചാൽ ന്യൂനതകൾ വരും ആ മനസ്സാണെന്താ ദ്വൈത രൂപേണോ ദ്വൈതരൂപത്തിൽ കാണുന്നത് എന്ന് പറയുമ്പോൾ നമ്മൾ സാധാരണ പറഞ്ഞു വരുന്ന ഒരു വീൺവാക്കല്ല നമ്മൾ സാധാരണ പ്രസംഗിക്കാറുണ്ടല്ലോ ഇതെല്ലാം മനസ്സാണ് സങ്കല്പമാണ് അതിനപ്പറൊന്നുമില്ല അതൊക്കെ അർത്ഥമില്ലാത്ത വാക്കുകളാണ് പറയുന്ന നമുക്ക് തന്നെ അറിയാം ആ പറയുന്നതെന്ന് ശരിയല്ല എന്നാലും കേട്ട് പറഞ്ഞതുകൊണ്ട് പറയുന്നു ഇവിടെ ആചാര്യൻ പറയുന്നത് അങ്ങനെയല്ല സുജിയന്റെ മനഃസ്പന്ദനത്തെക്കുറിച്ച് പറയുകയാണ് ആ മനഃസ്പന്ദനമാണ് എന്നെയും എന്റെ മനസ്സിനെയെല്ലാം സൃഷ്ടിച്ചത് ഞാൻ ഉൾപ്പെടെയുള്ള ഈ പ്രപഞ്ചത്തെ സൃഷ്ടിച്ചതാണ് തത്രക്കും പ്രമാണം അന്യം വ്യതിരേക ലക്ഷണം അനുമാനം ആഹ ഇത് മുമ്പ് പറഞ്ഞു എന്താണ് ന സംശയ ന സംശയം എന്ന് പറയുന്നത് പിന്നെ പ്രമാണത്തെ അന്വേഷിക്കേണ്ട ആവശ്യമുണ്ട് പ്രമാണത്തെ അന്വേഷിക്കുന്നതിനു വേണ്ടിയാണ് പ്രമയ്ക്ക് വേണ്ടിയിട്ടാണ് യഥാർത്ഥമായ അനുഭവത്തിന് വേണ്ടിയാണ് എന്നാൽ സംശയമെന്ന് പറയുമ്പോൾ അവിടെ അനുഭവത്തെ അന്വേഷിക്കേണ്ട കാര്യമില്ല അപ്പൊ അനുഭവങ്ങളുടെ നിലയിൽ മറ്റു പ്രമാണങ്ങളിലൊന്നും അവിടെ ആവശ്യമില്ല പ്രമയ്ക്കുള്ള കർണങ്ങൾ അവിടെ അന്വേഷിക്കേണ്ട ആവശ്യമില്ല എന്ന് പറഞ്ഞാൽ അവിടെ ജിജ്ഞാസ ശമിച്ചിരിക്കുന്നു ജിജ്ഞാസ ഉള്ളിടത്താണ് നമ്മൾ ശ്രമിക്കുന്നത് എങ്ങനെ ഇതിനെ അറിയാൻ പറ്റും ഇതിന്റെ ശരിയായ അനുഭവം എന്തായിരിക്കും എന്നെല്ലാം നമ്മൾ അന്വേഷണം തുടങ്ങുന്നു അത് പ്രത്യക്ഷമായി അറിയാൻ കഴിയുമോ അനുമാനത്തിലൂടെ പറ്റുമോ ഉപമാനത്തിലൂടെ പറ്റുന്നു ശബ്ദ പ്രമാണം കൊണ്ട് ഈ തരത്തിൽ പ്രമാണാന്വേഷണം മുമ്പാണ് യഥാർത്ഥ അനുഭവത്തിന് മുമ്പാണ് യഥാർത്ഥ അനുഭവത്തെക്കുറിച്ചൊന്നും പറഞ്ഞു അവിടെ പ്രമാണങ്ങളുടെയൊന്നും ആവശ്യമുണ്ട് യഥാർത്ഥ അനുഭവത്തിന് മുമ്പ് ഈ തത്വത്തെ ആചാര്യം വെളിപ്പെടുത്തുമ്പോൾ ശ്രോതാവിന്റെ മനസ്സിൽ സംശയങ്ങളുണ്ടാവും ഇത് സാധ്യമാകുമോ ഈ പറയുന്നത് ശരിയാണോ അല്ലെങ്കിൽ പറയുന്നത് പൂർണ്ണമായും ഗ്രഹിക്കാതിരിക്കും അവിടെ ഈ സംശയത്തെ അജ്ഞാനത്തെ ഭ്രമത്തെ എല്ലാം ദൂരീകരിക്കുന്ന അതിനുവേണ്ടി ഒരു പരിധി വരെ യുക്തി സഹായിക്കും ചെറിയൊരാള അയുക്തിയുടെ തലത്തിലാണ് ഇവിടെ പ്രമാണം നയിക്കുന്നത് അത്രക്കും പ്രമാണം ആദ്യം നമ്മൾ കേൾക്കുന്ന കാര്യം നമ്മുടെ മനസ്സിന് ബോധ്യപ്പെടുന്നു പരോക്ഷമായി ബോധ്യപ്പെടുന്നു എന്നാലേ ഒരുവനതിന്റെ അപരോക്ഷമായ അനുഭവത്തിന് വേണ്ടി ശ്രമിക്കത്തുള്ളു അല്ലെങ്കിൽ തള്ളിക്കളയി വിവേകിയിൽ തള്ളിക്കളയി ഈ പറയുന്ന അബദ്ധമാണ് ഇങ്ങനെ ഒരു തുരിയനും ഒരു മനഃസ്പന്ദനും ഇതൊന്നും ഇവിടെ ഇല്ല എന്ന് പറയും തള്ളിക്കളയും പക്ഷെ അവന്റെ വ്യക്തിക്ക് ബോധ്യപ്പെട്ടാലോ ശ്രുതിയെ അനുസരിക്കുന്ന വ്യക്തി അതിന് ബോധ്യപ്പെട്ട് കഴിഞ്ഞാൽ അവൻ പിന്നീട് അന്വേഷണം തുടരും അതിനുവേണ്ടിട്ടിടെ പറയുന്നു തത്രക്കും പ്രമാണം എന്താണ് പ്രമാണം പറയുന്നു അന്യക വ്യതിരേക ലക്ഷണം അനുമാനം അനുമാനത്തിലൂടെ അത് സാധ്യമാകും അനുമാനത്തിലൂടെ യഥാർത്ഥമായ അനുഭവം ഉണ്ടാകുമെന്നുള്ളത് വാദിപ്രതിവാദികളിൽ അംഗീകരിച്ചിട്ടുള്ള കാര്യമാണ് അദ്വൈതത്തെക്കുറിച്ച് തുര്യനെക്കുറിച്ചെല്ലാം പറഞ്ഞു കഴിഞ്ഞാൽ അതിനംഗീകരിക്കാതെ അതിനോട് മുഖം തിരിച്ചു കഴിക്കുന്ന ഒരുപാട് പേരുണ്ട് അത് സ്വീകരിക്കാൻ പറ്റത്തില്ല ആചാര്യം പറയുന്നു എനിക്കൊരു സംശയമില്ല എന്ന് പറഞ്ഞാൽ കേൾക്കുന്നവനത് ഏറ്റുപറയണമെന്നൊന്നുമില്ല അമ്പ എനിക്ക് സംശയമുണ്ട് ഇത് അംഗീകരിക്കാൻ ബുദ്ധിമുട്ടുണ്ട് പക്ഷെ യുക്തിയെ വിവേകികളെല്ലാം സ്വീകരിക്കും അനുഭവമില്ലാത്തവന് സ്വീകരിക്കും അതിനുവേണ്ടിയിട്ട് പറയുന്നു അന്യ വ്യതിരേകലക്ഷണം അനുമാനം അന്യരൂപത്തിനും വ്യതിരേകരൂപത്തിലുമുള്ള അനുമാനത്തിലൂടെ അത് തെളിയിക്കാൻ കഥ എങ്ങനെയാണ് അന്യ വ്യതിരേകമെന്നൊക്കെ പറയുന്നു വളരെ തർക്കശാസ്ത്രത്തിനും മറ്റും പ്രസിദ്ധമായ കാര്യമാണ് ഒരാൾ പറയുന്നു പുകയുണ്ടെങ്കിൽ അവിടെ തീയും കാണും എന്ന് പറഞ്ഞാൽ അന്യമായി തീ ഇല്ലെങ്കിൽ അവിടെ പുക കാണത്തേയില്ല എന്ന് പറഞ്ഞാൽ വ്യതിരേകമായി അതിലൂടെ അയാൾക്ക് ഉറപ്പ് വരുന്നു എന്താണ് ഇവിടെയെല്ലാം പുക കാണുന്നുണ്ടോ അല്ലെങ്കിൽ കാണുന്നത് പുകയാണെങ്കിൽ തീർച്ചയായിട്ടും അവിടെ തീ ഉണ്ടായിരിക്കും അത് കാണാതെ പറയുന്നു കണ്ടിട്ട് പറയുകയാണ് നിശ്ചയം വരുന്നു അയാൾ ആ നിശ്ചയത്തെ മാറ്റാൻ ആർക്കും സാധ്യമാണ് യഥാർത്ഥ അനുഭവമാണ് അത് യഥാർത്ഥ അനുഭവം അല്ലെങ്കിൽ പിന്നെ യഥാർത്ഥ അനുഭവം എന്ന് പറയുന്നത് ശബ്ദത്തിന് അർത്ഥമില്ലാതെ ടുത്ത് പുക കാണാൻ കഴിഞ്ഞാൽ ആ കാണുന്നത് പുകയാണെന്ന് ഉറപ്പുവരുത്തി കഴിഞ്ഞാൽ അതവിടെ തന്നെയാണെന്ന് ഉറപ്പുവരുത്തി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അവിടെ ഈ പൊടിയെ തീരും എന്നുള്ള ആ അനുഭവം അതിനാണ് യഥാർത്ഥമെന്ന് പറയും അതുപോലെയുള്ള യുക്തികൾ പറയാം തേന ഹി മനസ ദൃശ്യം മനോദൃശ്യമിതം സഹും പറയുന്നു അതുകൊണ്ട് മനസ്സാ മികൽപ്യുമാനേന മനസ്സുകൊണ്ട് ആരോപിക്കപ്പെടുന്ന വന്നാൽ മനസ്സ് മനസ്സുകൊണ്ട് ആ മനസ്സിനെ തന്നെ വിഷയമാക്കുന്നവ ഇവിടെ എന്താണ് കാണുന്നത് മനസ്സിന്റെ വിഷയങ്ങളെ ആരാ കാണുന്നത് മനസ്സ് തന്നെ എന്തുകൊണ്ട് കാണുന്നു മനസ്സുകൊണ്ട് ഇല്ലൊന്നും ആർക്കും അഭിപ്രായ വ്യത്യാസം അതാണ് വികല്പ്യമാനേന ആ കാഴ്ച തിരിയനുമായി താരതമ്യപ്പെടുത്തി നോക്കുമ്പോൾ അത് പരമാർത്ഥമൊന്നുമല്ല മനസ്സിന്റെ തലത്തിൽക്കുമ്പോൾ അത് പരമാർത്ഥം തന്നെ മനസ്സ് പറയുന്നത് സത്യമാണ് മനസ്സുകൊണ്ട് തന്നെ മനസ്സ് പറയുന്നു ഇത് സത്യം തന്നെ പക്ഷെ ഇവിടെ ആചാര്യൻ പറയുന്നത് മനസ്സിന്റെ തലത്തിൽ നിന്നല്ല തിരിയന്റെ തലത്തിൽ നിന്ന് പറയുന്നു അവിടെ നിന്ന് നോക്കുമ്പോൾ ദൃശ്യം മനോദൃശ്യം ഇതം മനസ്സിന് ദൃശ്യമായിരിക്കുന്ന ഇത് എന്താണ് ദ്വൈതം സർവം ഈ ജാഗ്രത്തിലെ ദ്വൈതം എന്ന് പറയുമ്പോൾ സ്വപ്നത്തെക്കുറിച്ച് പറഞ്ഞ് മറക്കരുത് ആ സ്വപ്നത്തിലെ ദ്വൈതത്തെ പോലെ സ്വപ്നത്തിലെ ദ്വൈതം സർവമെന്തായിരുന്നു മനസ്സ് തന്നെയായിരുന്നു മനസ്സിൽ നിന്ന് വേറൊരു അവിടെ ആനയും ഉണ്ടായിരുന്നില്ല ഇവിടെ അതുതന്നെ സർവന മനോദൃശ്യം ഇതം സർവന അതെല്ലാം മനസ്സ് തന്നെയാണ് ഇത് പ്രതിജ്ഞ ആ പ്രതിജ്ഞയെ ഉറപ്പുവരുത്തണമെങ്കിൽ സ്വപ്നത്തിനെ കുറിച്ച് ചിന്തിക്കണം അത് ഉറപ്പ് വരും മനോദൃശ്യമായതെല്ലാം മനസ്സ് തന്നെയായിരുന്നു അങ്ങനെയാണെങ്കിൽ ഇവിടെ മനോദൃശ്യമായിരിക്കുന്നതും മനസ്സ് തന്നെയാണ് നടക്കും ചോദിക്കുന്നതായി ഞാൻ കാണുന്ന എന്റെ മുമ്പിലിരിക്കുന്ന ഈ പ്രസ്തവ മേശയൊക്കെ എന്റെ മനസ്സാണോ എന്ന് ചോദിക്കരുത് എന്റെ മനസ്സല്ല അതെല്ലാം തുര്യന്റെ മനസ്സാണോ ആരാണീ തുര്യൻ എന്നെ കൂടി സൃഷ്ടിച്ചവൻ അതാണ് തുര്യൻ ആ തുര്യന്റെ മനഃസ്പന്ദനമാണ് ഞാൻ ആ മനഃസ്പന്ദനത്തിലാണ് ഇതെല്ലാം വന്നിരിക്കുന്നത് തദ്ഭാവ തദ്ഭാവീ ഈ ദ്വൈതം ഈ ദ്വൈതത്തിന്റെ രൂപത്തിൽ നിലനിൽക്കുന്ന ഇപ്പോ ജാഗ്രത്തിൽ ഞാനായും എന്റെ ഞാൻ കാണുന്ന വസ്തുക്കളായും പിരിഞ്ഞു നിൽക്കുന്ന ഈ അവസ്ഥയിലാണ് തദ്ഭാവേ ഭാവാ ഇവിടെ എന്തുകൊണ്ടിങ്ങനെ നിൽക്കുന്നു തിരിപ്പുടി രൂപത്തിൽ മൂന്നായി മൂന്ന് പുടങ്ങളായി മൂന്ന് ഭാഗങ്ങളായി എന്തുകൊണ്ട് ഇത് നിൽക്കുന്നു ഈ മനസ്സുള്ളത് കൊണ്ട് തത് അഭാവേ എന്റെ വ്യക്തി പറയുന്നു ഈ മനസ്സിന്റെ ഈ പ്രവർത്തനങ്ങളില്ലാതിരുന്നാൽ അഭാവ പിന്നെ ഇവിടെ ഇത് ദൃശ്യങ്ങളില്ലല്ലോ സ്വപ്നം പോലെ അവിടെ മനസ്സുണ്ടായിരുന്നു എല്ലാ ദൃശ്യങ്ങളും ഉണ്ടായിരുന്നു കൊണ്ടുവന്നപ്പോൾ ആ മനസ്സ് പോയി ദൃശ്യങ്ങളും പോയി അതുപോലെ ഇവിടെയും ഈ മനസ്സ് നിലകുമ്പോൾ ഇതെല്ലാം ഉണ്ട് മനസ്സില്ലെങ്കിൽ ഇതൊന്നുമില്ല എന്ന് പറഞ്ഞാൽ ഇവിടെ മനസ്സു അമനീഭാവി നിരുദ്ധി അതിനൊരു ഉദാഹരണം എന്താണ് മനസ്സ് നിരുദ്ധമാകുമ്പോൾ മനസ്സ് നിരുദ്ധമായാൽ ഇതില്ല മനസ്സിനെ നിങ്ങൾക്ക് നിരോധിക്കാൻ കഴിഞ്ഞാൽ മനസ്സിനെങ്ങനെ നിരോധിക്കാൻ പറ്റും മനസ്സിനെ നിരോധിക്കണമെങ്കിൽ മനസ്സിനെ ഏകാഗ്രപ്പെടുത്തുക നാനാവിഷയങ്ങളിലേക്ക് വിക്ഷിപ്തമായിരിക്കുന്ന മനസ്സിനെ ഏതെങ്കിലും ഒരു വിഷയത്തിലേക്ക് ഏകാഗ്രമാക്കിയാൽ ബാക്കി എല്ലാ ഭാഗങ്ങളിൽ നിന്നും മനസ്സ് നിരോധിക്കപ്പെടും ആ അഭ്യാസം കൊണ്ട് മനസ്സ് നിരോധമാകും നിരോധമാകുമ്പോൾ എന്ത് സംഭവിക്കും മനസ്സ് വിശേഷശൂന്യമായിത്തീരും നിരുദ്ധമായ മനസ്സ് വിഷയങ്ങളെല്ലാം പിന്തള്ള പുറന്തള്ള അതിന് നമ്മൾ പറയുന്നത് സമാധി നിർവിഷയമായ മനസ്സ് പക്ഷെ ഇവിടെ പറയുന്ന അമിനീഭാവം അതല്ല അമിനീഭാവേ നിരുദ്ധേ ഇപ്പൊ ഈ പറഞ്ഞ നിരോധം എന്ന് പറയുന്നത് അദ്വൈതി പറയുന്ന നിരോധമല്ല ഈ പ്രപഞ്ചം സത്യമാണെന്ന് കരുതുന്ന യോഗിയുടെ നിരോധമാണ് വ്യത്യാസമുണ്ട് പ്രപഞ്ചം പരമാർത്ഥമാണെന്ന് കരുതി മനസ്സിനെ നിരോധിക്കാൻ ശ്രമിക്കുന്നവനാണ് യോഗി യോഗി സമാധിയിൽ എത്തിച്ചേർ നിർവിഷയമായി മനസ്സിന്ന് ഇവിടെ ഉദ്ദേശിക്കുന്ന അതല്ല ഇവിടെ ഉദ്ദേശിക്കുന്ന എന്താണ് വിവേക ദർശന അഭ്യാസ വൈരാഗ്യാഭ്യാം സർപ്പേം ഗതേപ്തി അടുത്തു ഇവിടെ പറയുന്നെന്താണ് രജ്വാമിവ സർപ്പേ എന്നാണ് അല്ലെങ്കിൽ സ്വപ്നം പോലെ എന്ന് പറഞ്ഞാൽ അത് യോഗസമാധിയല്ല യോഗിക്ക് രജസർപ്പൊന്നും കിട്ട യോഗി ദ്വൈതിയാണ് അദ്വൈതിയല്ല യോഗിയെ സംബന്ധിച്ചിടത്തോളം ഇതെല്ലാം അനന്തയായ പ്രകൃതിയാണ് അനാദി അനന്തയായിരിക്കുന്ന പ്രകൃതി ഇവിടെ സൃഷ്ടിയും പ്രതിപ്രസവും സംഭവിക്കുന്നു സൃഷ്ടി സഹജമായി സംഭവിക്കുന്നു പ്രകൃതി അനാദിയായി സൃഷ്ടിച്ചുകൊണ്ടേയിരിക്കും ആ പ്രകൃതി തന്നെ എന്ത് ചെയ്യുന്നു ചില പുരുഷന്മാർക്ക് മോക്ഷവും കൊടുക്കുന്നു അതിനുവേണ്ടിയത് പ്രതിപ്രസവം സംഭവിക്കും നിരോധത്തിലൂടെ പ്രകൃതി സാമ്യാവസ്ഥയെ പ്രാപിക്കും തിരിച്ചുപോകും അതിനും അഭ്യാസമാണ് നിരോധമാണ് അഭ്യാസം ആ സമാധി അത് വേറെ അതന്നെ ഇവിടെ പറയുന്നു ഇവിടെ പറയുന്ന എന്താണ് വിവേക ദർശന അഭ്യാസ വൈരാഗ്യാഭ്യാം വിവേകദർശന അഭ്യാസം കൊണ്ട് വിവേകദർശനം എന്ന് പറയുന്ന തത്വജ്ഞാനം ആത്മാവിനെ കുറിച്ചുള്ള യഥാർത്ഥ ജ്ഞാനം എങ്ങനെ അത് തന്റെ സ്വരൂപമാണ് അത് സർവവ്യാപകമാണ് ഏകമാണ് നിരാകാരമാണ് ശാന്തമാണ് ശിവമാണ് അദ്വൈതമാണ് തുരിയമാണ് എന്നാൽ ഇവിടെ പറഞ്ഞ രീതിയിലുള്ള ആ അറിവിനെയാണ് വിവേകമെന്ന് പറയുന്നത് വിവേക ദർശനം അതിന്റെ അഭ്യാസം കച്ചിന്തനം തത്കഥനം അന്യോന്യം തത്പ്രബോധനം ഇത് ദേഹപരത്വം അതാണ് ഞാൻ അഭ്യാസത്തെ കുറിച്ച് പറയുന്നത് നമ്മൾ അനുഷ്ഠിച്ചുകൊണ്ടിരിക്കുന്ന കാര്യം ആണ് അതിന്റെ അഭ്യാസം ചിത്തവൃത്തി നിരോധമല്ല അതുകൊണ്ടാണ് വിവേക ദർശനാഭ്യാസം എന്ന് പറഞ്ഞുകൊണ്ടാണ് പറഞ്ഞത് ഇത് ഇവിടെ പറയുന്ന നിരുദ്ധം നിരുദ്ധേ എന്ന് പറയുന്നത് നിരോധമല്ലെന്ന് പറഞ്ഞു വിവേക ദർശന കൊണ്ടും വൈരാഗ്യം കൊണ്ടും വൈരാഗ്യം എന്ന് പറഞ്ഞാൽ എന്താണ് ഈ വീണ് പോകാതെ ഇതിൽ നിന്ന് മാറി നമ്പ്യത്തിക്കാൻ കഴിയും അതാണ് വൈരാഗ്യം ഈ ദൃശ്യത്തിലേക്ക് മനോദൃശ്യമാണിത് കാര്യം ശരി തന്നെയാണിത് പരമാർത്ഥമല്ല പക്ഷെ ഇതിലേക്ക് പെട്ടുപോയാലോ ഇതിന്റെ മായാവിഭ്രമങ്ങളിലേക്ക് പെട്ടുപോയാൽ അവന് വിവേക ദർശന അഭ്യാസം സാധ്യമല്ലാതെ അവന്റെ അഭ്യാസം പിന്നെ എന്തായിരിക്കും അവിവേക ദർശനവും അവിവേകാഭ്യാസവുമായിരിക്കും എന്നുവെച്ചാൽ അവിടെ ആത്മവിസ്മൃതി സംഭവിച്ചിട്ട് ഈ മായാജാലങ്ങളിൽ കുടുങ്ങി പ്രാപഞ്ചിക ചിന്തയിൽ ഈ വിവേക ദർശനവും അഭ്യാസവും വരത്തില്ല പ്രാപഞ്ചിക ചിന്തയെന്ന് പറയുമ്പോ അതിന് ഗ്രഹസ്ഥ ചിന്ത ആയാലും ശരി ആശ്രമചിന്ത ആയാലും ശരി ഏത് ചിന്തയായാലും ശരി ഇതെല്ലാം പ്രപഞ്ചം തന്നെ ആത്മചിന്തനൊഴികെ ബാക്കി എന്തൊക്കെ ചിന്തിച്ചാൽ അതെല്ലാം പ്രാപഞ്ചികം തന്നെ തിരിയനെ വിട്ടിട്ട് നിങ്ങൾ എന്തൊക്കെ ചിന്തിച്ചാലും അതെല്ലാം പ്രാപഞ്ചികം തന്നെ അതാണ് വിവേക ദർശനം എന്ന് പറഞ്ഞു വിവേകചിന്ത തത്വചിന്ത അതുമാത്രമേ ഉള്ളൂ അതിന്റെ അഭ്യാസം ആ വൈരാഗ്യം കൂടാതെ സാധ്യമാണ് ഈ പ്രപഞ്ച കോലാഹലങ്ങളിലൊക്കെ പെട്ടിരുന്നിട്ട് അതിന്റെ ചിന്തകളുമായി കഴിയുന്ന ഒരാൾക്ക് ഒരിക്കലും വിവേക ദർശനം സാധ്യമാകത്തില്ല അതുകൊണ്ടാണ് വൈരാഗ്യത്തോടെ ചേർത്ത് പറയുന്നത് അപ്പൊ ആശ്രമമൊക്കെ എന്ത് ചെയ്യും സ്വാമി ഇതൊക്കെ ഉപേക്ഷിക്കേണ്ടി വരുമോ എന്ന് ചോദിച്ചാൽ ചോദിക്കാൻ കാര്യമുണ്ട് കാരണം വീട് ഉപേക്ഷിച്ചു ഈ ആശ്രമം ഉപേക്ഷിച്ച് കഴിഞ്ഞാൽ അവിടെ പോവും ഇതാണ് അവസാനത്തെ അത്താണി അപ്പൊ വിവേക ദർശനത്തിൽ മറ്റൊന്നും വരാൻ പാടില്ലെന്നും പറയുന്നു അപ്പൊ വിവേക ദർശന അഭ്യാസം ചെയ്യുന്നവർക്ക് വേണ്ടിയിട്ടാണ് പറയുന്നത് മറ്റു കാര്യങ്ങൾ ചെയ്യുന്നവർക്ക് വേണ്ടി എല്ലാം ആകാം അവർക്കെല്ലാം വേണം വിവേക ദർശന അഭ്യാസം ഉള്ളവന് മാത്രം മതി വൈരാക്കി വേഗദർശനാഭ്യാസം ഇല്ലെങ്കിൽ പിന്നെ വേറെ എന്തെങ്കിലും ആകാം വേദദർശനാഭ്യാസത്തിൽ വൈരാഗ്യം കൂടി ഉണ്ടായാലേ പറ്റും അവിടെ മറ്റൊന്നിനും സ്ഥാനമില്ല അതാണ് പരമാർത്ഥം നിങ്ങളുടെ സൗകര്യത്തിന് വേണ്ടി ഇതിന് മാറ്റി എന്നെ കിട്ടത്തില്ല ഇവിടെ പറഞ്ഞിരിക്കുന്നതാണ് എന്താണോ വിവേകദർശനാഭ്യാസത്തിൽ എന്ത് വേണം വൈരാഗ്യം വേണം യാതൊരു കോംപ്രമൈസും ഇല്ല അതുകൊണ്ട് മാത്രമേ സാധ്യമാകൂ പിന്നെ ഇതിൽ നിന്നൊരാൾക്ക് രക്ഷപ്പെടാം അതിനുള്ള പഴുതും ആചാര്യന്മാരെയും പറഞ്ഞിട്ടുണ്ട് എന്താണോ ഇതെല്ലാം വലിയ കാര്യങ്ങളാണ് ഇതൊക്കെ മനസ്സിലാക്കാൻ പ്രയാസമുള്ള കാര്യങ്ങൾ എന്ന് എനിക്ക് പറ്റിയ കാര്യമല്ല എനിക്ക് പറ്റിയ കാര്യങ്ങൾ ഞാൻ ചെയ്യാമെന്ന് പറഞ്ഞാൽ സമ്മതിച്ചു നമുക്ക് പറ്റിയ കാര്യങ്ങൾ നമ്മൾ ചെയ്യുക ഇവിടെ പറയുന്നത് നമുക്ക് പറ്റാത്ത കാര്യങ്ങളെ എന്ന് പറഞ്ഞ് ഇതിനെ ഉപേക്ഷിച്ചേക്കുക എന്നാ ശരി അല്ലാതെ ഇതിനെ ഗൌരവമായിട്ടെടുക്കുകയാണെങ്കിൽ ഇതിനെ പൂർണമായ അർത്ഥത്തിൽ തന്നെ സ്വീകരിച്ചേ പറ്റും വിവരദർശനവും അഭ്യാസവും വിവേക ദർശനാഭ്യാസവും വൈരാഗ്യം ഇത് രണ്ടുമേ ഉള്ളൂ വേറെ അവിടെ സ്ഥാനമില്ല വേറെ ഒരു സ്ഥാനമില്ല ഇതിനുള്ള യോഗ്യത ഇല്ലെങ്കിൽ മറ്റെന്തുമാകാം മറ്റ് ജിന്തക്കൊക്കെ സ്ഥാനമുണ്ട് അതിലൂടെ രജ്വാമിവ സർപ്പേ അവിടെ എങ്ങനെയാണോ അതിന്റെ നിജസ്ഥിതി നമുക്ക് ബോധ്യപ്പെടുന്നത് രജ്ജു സർപ്പ ദൃഷ്ടാന്തത്തെ ഈ ഭ്രാന്തിയുടെ നിജസ്ഥിതി നമുക്ക് എങ്ങനെയാണോ ബോധ്യപ്പെടുന്നത് അതിനാണോ ദൃഷ്ടാന്തം പറഞ്ഞിരിക്കുന്നത് ആ ബോധ്യപ്പെടലിനെയാണ് ഇവിടെ പറയുന്നത് നിരോധം വിവേക ദർശനാഭ്യാസം കൊണ്ടും വൈരാഗ്യം കൊണ്ടും എന്നുവെച്ചാൽ വൈരാഗ്യത്തോടു കൂടിയുള്ള പ്രാപഞ്ചികമായ വിഷയങ്ങളിൽ മനസ്സ് ഉഴന്നു പോകാതെയുള്ള തത്വനിഷ്ഠമായ അഭ്യാസം കൊണ്ടും ഇത് ബോധ്യപ്പെടുമ്പോ അപ്പോ അതിനാണ് ഇവിടെ പറയുന്നത് മനസ്സോ ക്ഷമിനീഭാവി മനസ്സിന്റെ അമിനീഭാവം എന്ന് പറയുന്നു അവിടെ മനസ്സ് കൊണ്ടോ മനസ്സില്ലേ എന്നുള്ള ചിന്തയ്ക്കൊന്നും പ്രസക്തിയില്ല അസത്യമായ മനസ്സുണ്ടായിരിക്കാൻ ഇല്ലായിരിക്കാം അസത്യമായ മനസ്സിനെ സംബന്ധിച്ച് ഉണ്ടെന്ന് പറയുന്നു ഇല്ലെന്ന് പറയുന്നതിനും കാര്യമൊന്നുമില്ല മരുമരീചികൾ ഉണ്ടെന്ന് പറയുന്നതിനും ഇല്ലെന്ന് പറയുന്നതിനും വിശേഷമൊന്നുമില്ല അതും മരുമരിചുകയാണെന്ന് ബോധ്യപ്പെട്ടവനെ സംബന്ധിച്ചിടത്തോളം അത് ഉണ്ടെന്ന് പറഞ്ഞാലും ഇല്ലെന്ന് പറഞ്ഞാലും കഥ ഒന്നെയാണ് അതുകൊണ്ടാണ് ഇവിടെ പറഞ്ഞത് ഇവിടുത്തെ അമിനീ ഭാവ് എന്ന് പറയുന്നത് യോഗത്തിന്റെ നിരോധമല്ല ഇതിന്റെ കണ്ടുപിടുത്തൊന്നുമില്ല എന്റെ വ്യാഖ്യാതാക്കളെല്ലാം അങ്ങനെ തന്നെയാണ് പറയുന്നത് രജ്ജ്വാമിവ സർപ്പേ ഇത് വിവേകം കൊണ്ടുവരുന്നു ഒരാൾ പരാതി പറയും ഈ പറയുന്ന അനുഭവങ്ങൾ അമിനീഭാവവും ഞങ്ങളുടെ അനുഭവത്തിൽ വന്നിട്ടില്ല ഏതെങ്കിലും മഹത്വങ്ങളുടെ അനുഭവത്തിലുണ്ടെന്ന് അവർ പറഞ്ഞാൽ അത് ഞാൻ കൊട്ടുപിടിയിട്ടുണ്ട് പിന്നെ മനസ്സിന്റെ അമിനീഭാവം എന്ന് പറയുന്നത് ഇങ്ങനെ മനസ്സിലാക്കും ഉണർന്നുകഴിഞ്ഞാൽ മനസ്സിങ്ങനെ ചലിച്ചുകൊണ്ടിരിക്കുകയാണ് ഒരിക്കലും തന്റെ അമിനീഭാവം എന്ന് പറയുന്ന ഇത് എന്താണെന്ന് മനസ്സിലാക്കാൻ അവസരം ഇന്നുവരെ കിട്ടിയിട്ടില്ല അങ്ങനെ പരാതി പറയുന്നവർക്ക് വേണ്ടിയിട്ടാണ് അടുത്ത് പറയുന്നത് ലയം ഗതേവ സുഷുതേ സുഷൃത്തിയിലാമിനീഭാവം എല്ലാവർക്കും പരിചയമുള്ളതാണ് അത് പറയുന്നത് ആചാര്യന്റെ അനുഭവം നിങ്ങൾക്ക് മനസ്സിലായില്ലെങ്കിൽ നിങ്ങളുടെ അനുഭവത്തിലൂടെ മനസ്സിലാക്കും ലയം ഗതൈവ സുഷുതേ അവിടെ മനസ്സിന് അഭിനീഭാവമാണ് അവരുടെ ദൃഷ്ടാന്തം മാത്രമാണ് അതുപോലിരിക്കും ഇത് പറയുമ്പോൾ പലരും പറയും ഇത് ഗഹനമാണ് തീർച്ചയായും ഗഹനം തന്നെയാണ് ആചാര്യൻ പറയുന്ന ഇത് സരളം എന്നാണ് പക്ഷെ നമുക്കിത് ഗഹനമായിട്ട് തന്നെ അനുഭവപ്പെടുന്നത് അത് നിഷേധിക്കാൻ പോയി ദഹനമാണെങ്കിലും പരിശ്രമിക്കാനുള്ളൊരു മനസ്സുണ്ടാകുക പരിശ്രമിച്ചു നോക്കുക പറ്റില്ല എന്ന് ബോധ്യപ്പെട്ടുകഴിഞ്ഞാൽ വേറെ പണി നോക്കുക അല്ലാതൊന്നും പറയാനില്ല പരമാർത്ഥത്തിൽ ഇവിടെ എന്താണ് ആചാര്യന് ഇനിയും പറയും ഇതാണ് ഏറ്റവും സരളമായിട്ടുള്ള കാര്യം അയ്യാരിന്റെ ഭാഷയിൽ പറഞ്ഞാൽ അനായാസസ്ഥിതി എന്നാണ് പറയുന്നത് എന്നുവെച്ചാൽ മറ്റേതിനും ആയാസമാണ് മനസ്സൊന്ന് ചലിച്ചു കഴിഞ്ഞാൽ പ്രാപഞ്ചികമായി അതൊരു ആയാസമാണ് അവിടെ ഒരു യത്നമുണ്ട് ചിന്തിച്ചാൽ ചിന്തയ്ക്ക് വചിച്ചാൽ വാക്കിന് പ്രവർത്തിച്ചാൽ കരണങ്ങൾക്കെല്ലാം ആയാസമാണ് പക്ഷേ ഇതിനെക്കുറിച്ച് പറയുന്ന എന്താണത് അനായാസ സ്ഥിതി എന്നാണ് നിജസ്ഥിതി സഹജസ്ഥിതി ഇങ്ങനെയെല്ലാം പറയും അപ്പൊ പിന്നെ ഇവിടെ ഇതാണ് സരളം പക്ഷെ നമുക്കത് ദഹനമായി അനുഭവപ്പെടുന്നു ദൃഷ്ടാന്തത്തിലൂടെ അത് മനസ്സിലാക്കി തരാൻ ശ്രമിക്കുന്നു സരളമാക്കാൻ ശ്രമിക്കുന്നതെന്ന് പറയുന്നത് സുഷുപ്തേ നമുക്ക് ദഹനമായതുകൊണ്ടാണ് ഉദാഹരണത്തിലൂടെ മനസ്സിലാക്കുന്നത് ഉപമങ്ങളെ ആശ്രയിക്കുന്നത് ദ്വൈതം നൈവ ഉപലഭ്യതം അനുഭവപ്പെടുന്നില്ല തന്നെ എന്നാ മനസ്സിന്റെ അമിനീഭാവത്തിൽ ദ്വൈതം അനുഭവപ്പെടുന്നേയില്ല അസുഷുതിയിലൂടെ അങ്ങനെ മനസ്സിലാകാൻ ശ്രമിക്കുക ഈ പറയുന്ന പിടികിട്ടുന്നുണ്ട് അജ്ഞന്മാർക്കുള്ള ദൃഷ്ടാന്തമാണ് സുശുദ്ധി അടുത്ത പറയും അവൻ അവിടെയും അജ്ഞനായിരിക്കുന്നു അവൻ പരമാത്മാവിനോട് ഏകീഭവിച്ചിട്ടും അവൻ അജ്ഞനായി തന്നെ ഇരിക്കുന്നു എന്ന് പറയും അവൻ അജ്ഞന ദൃഷ്ടാന്തമായി സൃഷ്ടിയെ പറയാം വിചാരശീലന്മാർക്കുള്ള ദൃഷ്ടാന്തമാണ് നിരോധം ചർച്ച ചെയ്ത് നൈവോപലഭ്യത ദ്വൈതം അവിടെ അനുഭവപ്പെടുന്നുണ്ടോ ഈ വന്നിട്ട് പൂർണ്ണമായും അനുഭവപ്പെടുന്നില്ല നേരത്തെ പറഞ്ഞാൽ ന സംശയ ഈ കാര്യത്തിൽ എനിക്ക് യാതൊരു സംശയമില്ലാന്ന് പറഞ്ഞു ആചാര്യ സിദ്ധം ദൈതസ്യ അസത്വം പറയുന്നു ഇത്തരത്തിൽ ചിന്തിക്കുമ്പോ അനുഭവ ദൃഷ്ടാന്തത്തിലൂടെ നോക്കുമ്പോൾ അനുഭവ ദൃഷ്ടാന്തത്തിൽ സശക്തി ദൈതസ്യ അസത്വം സിദ്ധം സ്വപ്ന ദൃഷ്ടാന്തത്തിലൂടെ എന്നാൽ ചിന്തിക്കുമ്പോൾ തന്നെ എന്ത് വരുന്നു ഈ ദ്വൈതം പരമാർത്ഥമല്ല എന്ന് ബോധ്യപ്പെടുന്നു ദ്വൈതം അനുഭവപ്പെടുന്നു എന്നാൽ പരമാർത്ഥമല്ല അനുഭവപ്പെടുന്നില്ല എന്ന് പറയുന്നു അനുഭവപ്പെടാം അനുഭവപ്പെടാതെ ഇരിക്കാം സുഷൃത്തിൽ അനുഭവപ്പെടുന്നില്ല ജാഗ്രത അനുഭവപ്പെടുന്നു രണ്ടായാലും ശരി ഇത് അസത്വമാണ് അതുകൊണ്ട് ഇത് അസത്വമാണെന്നുള്ളതിനനുഭവപ്പെടാതിരിക്കണമെന്നില്ല മനസ്സിന്റെ അമനീയഭാവം എന്ന് പറയുമ്പോൾ മനസ്സനുഭവപ്പെടാതിരിക്കണമെന്നില്ല അങ്ങനെയല്ല അത് അനുഭവശൂന്യമായ നിലയല്ല അങ്ങനെ വന്നു കഴിഞ്ഞാൽ അത് ശൂന്യമായി പോകും ശൂന്യത്തെ ഇവിടെ നിഷേധിക്കുന്നു ശൂന്യത് അല്ല ഇവിടെ പറയുന്നു അമനീയഭാവം ശൂന്യമല്ല നമ്മള് സാധനപോലെ എന്താണ് മനസ്സാണ് ശല്യം ഒക്കെ ചെയ്ത് മനസ്സ് പോകണം എന്ന് പറയും എന്താ ഇവിടെ പറയുന്നത് മനസ്സ് ശദ്യം ചെയ്യുന്നത് എന്തുകൊണ്ട് ആ മനസ്സ് സത്യമായിരിക്കുന്നൊണ്ടാണ് അസത്യമായ മനസ്സ് സത്യമായിരിക്കുന്നുകൊണ്ടാണ് അത് ശല്യം ചെയ്യുന്നത് ഒന്നുകിൽ അസത്യമായ ഈ മനസ്സ് അസത്യമായിരിക്കണം അല്ലെങ്കിൽ അസത്യമായ ഈ മനസ്സ് പരമാർത്ഥമായി തന്നെ ഇരിക്കണം രണ്ട് രീതിയിലാണ് ഇവിടെ മനസ്സിലാക്കിക്കരുത് ഒരിക്കലും അസത്യമായ മനസ്സ് സത്യമാകാൻ പാടില്ല അസത്യമായി അനുഭവപ്പെടേണ്ട തലത്തിൽ അത് സത്യമാവാൻ പാടില്ല എന്നർത്ഥം ഇത് സത്യത്തിൽ നിന്നും വേർതിരിക്കാൻ വയ്യാത്ത അസത്യമായ കുഴപ്പമില്ല അത് അനന്യമായിരിക്കണം എന്നർത്ഥം ആ പരമാർത്ഥ വസ്തുവിൽ നിന്നത് അനന്യമായിരുന്നാൽ ദോഷമില്ല പരമാർത്ഥ വസ്തുവിൽ നിന്നും അന്യമായിരിക്കുകയും സത്യമായിരിക്കുകയും ചെയ്താൽ അത് ദോഷമാണ് അതിന് വൈരുദ്ധ്യം വരും എന്താണ് സത്യവും അസത്യവും ഒരിടത്ത് യോജിക്കും അത് ശരിയാകില്ലാത് അതാണ് മായി എന്ന് പറയുന്നത് മായിയിലാണ് സത്യവും അസത്യവും യോജിക്കുന്നത് പരമാർത്ഥത്തിൽ നിന്നത് വേരിടാതിരുന്നാൽ മനസ്സ് ദോഷമുള്ളതല്ല പിന്നെ അവിടെ മനസ്സ് പ്രകാശിക്കുന്നു മനസ്സ് പ്രകാശിക്കുന്നില്ലേ അതിനൊന്നും വ്യത്യാസം എന്തായാലും എന്താണ് അദ്വയം ദ്വയാഭാസം ദ്വയാഭാസത്തിനും അത് അദ്വയം തന്നെ എന്നാണ് ആചാര്യം പറയുന്നത് മനോദൃശ്യം ദ്വൈതം സാ മനസോഹ്യമനീഭാവേ ലേ ശ്വേ ഓം ശാന്തി